ഭക്തിയോഗം പന്ത്രണ്ടാം അധ്യായം ഭക്തിയുടെ അല്ലെങ്കിൽ ഭക്തൻ്റെ ലക്ഷണം ഭഗവാൻ വിസ്തരിച്ചു ഓരോരോ ഉപായങ്ങൾ ഒന്നും പറ്റുന്നില്ല എങ്കിൽ വേറൊന്ന് അത് പറ്റുന്നില്ല എങ്കിൽ വേറൊന്ന് ഇങ്ങനെ ഓരോന്നും ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അങ്ങേയറ്റം ലളിതമാർന്ന പദ്ധതികൾ ഭഗവത്ഗീത യാതൊരു പ്രയാസവും ഇല്ല ഭക്തൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇനിയിപ്പം നോക്കി വന്നാൽ ഭക്തനാകാതിരിക്കുന്നത് ആ ബുദ്ധിമുട്ട് അല്ലേ ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി യാതൊരു വിധത്തിലുള്ള യഥാർത്ഥ്യങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് ലോകത്തിലെ കാപ്പട്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാത്തവൻ എന്ന് പറയാം ഒരു സത്യസന്ധമായ ഒരു ജീവിതം സത്യസന്ധമായ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് എന്താ പറയുക ഞാൻ സത്യം മാത്രമേ പറയൂ അങ്ങനെയുള്ള വെറുതെ ഒരു ഒരു ജീവിതമുണ്ട് അതിനെക്കുറിച്ചല്ല സ്വാമി പറഞ്ഞത് അയാളുടെ സാന്നിധ്യം ലോകത്തിന് ഇത്രയേ ഉള്ളൂ ഞാൻ എത്രത്തോളം സത്യസന്ധനാണ് ഞാൻ എത്രത്തോളം ഭക്തനാണ് എന്നറിയാൻ ഒറ്റ ഉപായേ ഉള്ളൂ എന്താണ് നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ എങ്ങനെയാണെന്നുള്ളത് അത് നോക്കിയാൽ മതി നമ്മുടെ സാന്നിധ്യം വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുവെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാം നമ്മൾ പൂജാതി കർമ്മങ്ങളും മറ്റ് ഉപവാസങ്ങളും ഇത്യാദികളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ എന്തോ ഒരു കുറവുണ്ട് ഒന്ന് നമ്മളെ നോക്കാൻ നമുക്ക് എന്താ ഒരവസരമാണ് ഭഗവാൻ ഈ അധ്യായം പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ് ധർമ്മപ്രാപ്തിക്ക് ഉതകുന്നതായിട്ടുള്ള എൻ്റെ ഈ വാക്യത്തെ ആരാണോ ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നത് അവർ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരാണ് എന്നെയാണ് അവർ പരമമായിട്ടുള്ള ആശ്രയമായിട്ട് കരുതിയിട്ടുള്ളത് ഇതും പറഞ്ഞ് ഭക്തിയോഗം പന്ത്രണ്ടാം അധ്യായം അവസാനിച്ചു എന്ന് പറയാം ഇനി മൂന്നാമത്തെ പ്രകരണം ഭഗവത്ഗീതയുടെ മൂന്നാം ഭാഗം അതാണ് ഇനിയുള്ള പതിമൂന്നാം അധ്യായം അസി എന്ന പദാർത്ഥ നിരൂപണം തത്പദവും ത്വമ്പതവും കഴിഞ്ഞു എന്ന് പറയാം ഇവിടെ അർജുനൻ ഭഗവാനോട് മൂന്ന് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കണം क्षेत्र क्षेत्र अर्जुन उवाच प्रकृति पुषं क्षेत्रम क्षेत्र ज्ञान जेय चोद प्रकृति पुषं च ക്ഷേത്രം ക്ഷേത്രജ്ഞമേവേദിതും ഇച്ചാമി ജ്ഞാനം ജ്ഞേം ചേശവ അല്ലയോ ഭഗവാനേ പ്രകൃതിം പുരുഷം ചവ പ്രകൃതിയെയും പുരുഷനെയും അതുപോലെ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ജ്ഞാനം ജ്ഞേം ജ്ഞാനത്തെയും ജ്ഞേയത്തെയും വേദിതും അഹം ഇച്ചാമി ഇത് മൂന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇതെന്താണ് എന്ന് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ പോവാം അർജുനൻ ചോദിച്ചിട്ടുള്ള എന്തൊക്കെയാണ് പ്രകൃതി എന്താണ് പുരുഷൻ എന്താണ് ക്ഷേത്രം എന്താണ് ക്ഷേത്രജ്ഞൻ എന്താണ് ജ്ഞാനം എന്താണ് ജ്ഞേയം എന്താണ് ഇതാണ് ഈ അധ്യായത്തിലെ വിഷയം അതുകൊണ്ട് ഈ അധ്യായത്തിന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചുമൊക്കെയാണ് എന്താ ഭഗവാൻ പറയുന്നത് അപ്പൊ ഈ കർമ്മകാണ്ഡവും ഉപാസനാകാംഡവും കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഭഗവത്ഗീതയുടെ കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും കഴിഞ്ഞു ഇനി ജ്ഞാനകാണ്ടമാണ് അപ്പൊ ജ്ഞാനകാണ്ട ആയിരുന്നുവല്ലോ രണ്ടാം അധ്യായം എന്ന് ചോദിച്ചാൽ അതെ പക്ഷേ അതിൻ്റെ സമന്വയമുണ്ട് എന്ന് പറയാം കർമ്മത്തിൻ്റെയും കൂടെ സമന്വയമുണ്ട് ഈ ബാക്കി ആറ് ഭാഗങ്ങൾ ജ്ഞാനകാണ്ട പ്രധാനമാണ് ഭഗവാൻ എന്താ പറയണത് നോക്കാം നമുക്ക് ശ്രീഭഗുവാദം ശരീരം ക്ഷേത്രമിത്യേ ശ്രീ ഭഗവാൻ ഉവാച ഗീതയുടെ രീതി നമ്മൾ കണ്ടു അർജുനൻ ചോദിക്കുന്നു ഭഗവാൻ അതിന് ഉത്തരം പറയുന്നു ശ്രദ്ധയോട് ശ്രദ്ധയോടുകൂടി ഭഗവാൻ അത് കേൾക്കണം ആ അർജുനന്റെ ജിജ്ഞാസയെ ശമിപ്പിക്കാൻ എന്ന വണ്ണം ഭഗവാൻ ഉത്തരം കൊടുക്കുന്നു ആദ്യം തന്നെ പറയുന്നു ഇതം ശരീരം ഹേ കൗന്ദേയ ക്ഷേത്രമിതി അഭിതീയതേ സ്വാമി ഹേ കൗന്ദേയ അതെന്താ ഈ സ്വാമി അടക്കിടക്ക് ഇല്ലയല്ലോ ഞങ്ങളതില് ഹേ എന്ന് പിന്നെ എന്താ അത് ഹേ എന്ന് പ്രയോഗിക്കുന്നത് എന്ന് ചോദിച്ചു അത് സംസ്കൃതത്തില് സംബോധന എന്ന് പറയും സംബോധന പ്രഥമയില് എന്നുള്ളത് അല്ലയോ എന്നുള്ളതാണ് ഒരാളെ സംബോധന ചെയ്യുന്നതാണ് അപ്പൊ അതിൽ ഹേ എന്ന് എഴുതിക്കാണില്ല എന്നാലും പേരുകളുടെ കൂടെ അപ്പൊ എല്ലായിടത്തും ഹേ നിങ്ങൾ ചേർക്കണ്ട എവിടെയൊക്കെ പറയുന്നു അവിടെയൊക്കെ ചേർത്തോളൂ അപ്പൊ ഹേ കൗന്ദേയ അല്ലയോ അർജുന ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇതി അഭിതീയതേ ഏതത് തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ ഇതം ശരീരം ഭഗവത്ഗീതയാണ് പറയുന്നത് അതിന് തൊട്ട് മുൻപ് ഒരു കാര്യം പറയട്ടെ ഭഗവത്ഗീതയിൽ ഈ അർജുനൻ ചോദിച്ച ചോദ്യം ഇല്ലാത്ത പുസ്തകങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് വിഷമം വേണ്ടെന്ന് പറയാം അപ്പൊ ഭഗവത്ഗീത എഴുന്നൂറ് ശ്ലോകങ്ങളാണ് എന്നും എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങളാണ് എന്നും പറയാനുള്ള കാരണം ഇതാണ് മനസ്സിലായോ അപ്പൊ സ്വാമി ഈ ഒരു ശ്ലോകം ആരാണ് രചിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ശ്ലോകം യഥാർത്ഥ ഗീതയിൽ ഇല്ലാതെ പോയി എന്തായാലും ചോദ്യം വലിയ കുഴപ്പമുള്ള ചോദ്യമൊന്നുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ആ എന്താ പറയുക കുൽസിത ബുദ്ധികൾ ചേർത്ത് വെച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല എന്നവരെ അത് പതിമൂന്നാം അധ്യായത്തിലെ ഈ ആരംഭ അർജു എന്താ ശ്ലോകം അർജുനന്റെ ചോദ്യത്തെ പരിഗണിച്ചാൽ ഭഗവത്ഗീത എഴുന്നൂറ്റി ശ്ലോകങ്ങൾ ആ ഒന്നാമത്തെ ചോദ്യത്തെ മാറ്റി നിർത്തിയാൽ ഭഗവത്ഗീതയില് എഴുനൂറ് ശ്ലോകങ്ങള് അതുകൊണ്ട് നിങ്ങളുടെ ഇല്ലാത്ത പുസ്തകക്കാര് ഇതാണ് ശരിയെന്നും ഉള്ളവർക്ക് ഇല്ലാത്തവരോടോ ഇല്ലാത്തവർക്ക് ഉള്ളവരോടും ഒന്നും തോന്നണ്ട എന്ന് പറയാം നമ്മൾ ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊന്നും പെടരുത് ഉം അതുകൊണ്ട് നിങ്ങളത് അറിയ ചിലർക്ക് അതിലാ താല്പര്യ ചിലരതിൽ വെറുതെ ഇങ്ങനെ പിടിച്ച് മറിഞ്ഞ് തൂങ്ങി കളിക്കും അതുകൊണ്ട് അർജുനൻ ചോദിച്ചു ഏതായാലും ഭഗവാൻ ഉത്തരം പറയുന്നു ഇനി അർജുനൻ ചോദിച്ചിട്ടില്ല ഭഗവാൻ ഉത്തരം പറയുന്നു അർജുനൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ ഉത്തരം പറയാൻ ഏഹ് നമുക്ക് നമ്മളോട് കുട്ടികൾ ചോദിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ആ പരിങ്ങൽ കണ്ടു കഴിഞ്ഞാൽ എന്താ ഇവനെ ആവശ്യമുള്ളത് എന്ന് ഇല്ലേ തോന്നാറില്ലേ നിങ്ങൾക്ക് പക്ഷേ നമ്മൾ അവനെ കൊണ്ട് ചോദിപ്പിക്കും എന്താണെന്ന് നിനക്ക് വായിരുന്നാവില്ലേ ഇറങ്ങിപ്പോയോ എന്താ ചോദിച്ചാലും ചോദിക്കൂ എന്നിട്ട് തരാമെന്ന് പറയാം ഭഗവാൻ അർജുനൻ ഉത്തരം കൊടുക്കുന്നു ആദ്യത്തെ ഇത് തന്നെ കേട്ടോളൂ ഇതം ശരീരം ഹേ കൗന്ദേയ അല്ലയോ കുന്തിപുത്ര അർജുന ഇതം ശരീരം ക്ഷേത്രമിതി അഭിതീയതേ ഈ ശരീരത്തെ ക്ഷേത്രം ഇതി അഭിതീയതേ ഭഗവത്ഗീത എന്ത് മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേത്രത്തിന് ക്ഷതാതുത്രായതേ ഇതി ക്ഷേത്രം എന്നും ക്ഷീയതേ ഇതി ക്ഷേത്രം എന്നുമുണ്ട് നശിക്കുന്നത് ക്ഷേത്രം അതുകൊണ്ട് ക്ഷേത്രം നിങ്ങൾ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും നശിക്കും നാശമുള്ളതാണത് അപ്പൊ ശരീരത്തിന് എന്തുണ്ട് നാശമുണ്ട് അപ്പൊ ഈ ക്ഷേത്രം നശിക്കാതിരിക്കണമെങ്കിൽ എന്തുവേണം എന്നാണെങ്കിൽ ശിക്കാത്തതുമായി ഈ ക്ഷേത്രത്തിനൊരു സമ്പർക്കം വേണം അപ്പൊ നശിക്കുന്നതും നശിക്കാത്തതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിനൊരു നിലനിൽപ്പുണ്ടാവും ഏത് പ്രകാരത്തിൽ ക്ഷേത്രം എന്ന നിലയിലല്ല അതിനപ്പുറത്ത് ഇതിനെ നിലനിൽക്കാൻ സാധിക്കും അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴാണോ ഈ ക്ഷേത്രം ധർമ്മവുമായി താതാത്മ്യം പ്രാപിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് തിരിച്ചു വരാം ധർമ്മക്ഷേത്രേ വ്യാസൻ ഇതിനെ ഘടിപ്പിച്ചു വെച്ചാൽ അതിമനോഹരമായിട്ടാണ് നാശമുള്ള ഒന്നും നാശമില്ലാത്ത ഒന്നും രണ്ടും കൂടെ ചേർക്ക നശ്വരമാണ് ശരീരം എപ്പോഴാണ് ഈ നശ്വരമായ ശരീരം അനശ്വരമാകുന്നത് അനശ്വര ഭാവത്തിലേക്ക് ഒരുവൻ ഉണരണമെങ്കിൽ ഉയരണമെങ്കിൽ അവന് ധർമ്മവുമായിട്ടുള്ള ചേർച്ച ആവശ്യമാണ് അല്ലെങ്കിലോ കുരുക്ഷേത്രം കൃഞ്ഞ കരണയെ നശിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക അതിലെപ്പോഴും സംഘർഷങ്ങളാണെന്ന് പറയാം അത് നശിക്കുന്നതാണ് നാശമുള്ളതാണ് അപ്പൊ നാശമുള്ളതും നാശമില്ലാത്തതും രണ്ടും ചേർന്നിരിക്കുന്ന ഒരു ഭാവം അപ്പം ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു ശരീരത്തെ ക്ഷേത്രമായിട്ട് എണ്ണിക്കോളൂ അപ്പൊ ശരീരത്തിലേക്ക് വേണ്ട ശരീരത്തിൽ എത്ര ശ്രദ്ധ വേണം നമുക്ക് ശരീരത്തെ പീഡിപ്പിക്കുക ഇത്യാദി കാര്യങ്ങളൊന്നും പാടില്ലാത്തതാണ് അതൊക്കെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പലപ്പോഴും സന്ദർഭവശാൽ പറഞ്ഞിട്ടുള്ളതാ അപ്പം ആരോ ചോദിച്ചു എന്താണ് ഈ സർവഭൂത ഹിതേരഥാഹ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ഭൂതജാലങ്ങളുടെ കാര്യമൊക്കെ സ്വാമി പറഞ്ഞു പക്ഷെ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും സർവഭൂതം എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു ശങ്കരാചാര്യ സ്വാമികളുടെയും നമ്മുടെ പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ പക്ഷത്തില് അവര് നമ്മളെ നോക്കുമ്പം ജന്തുക്കളായിട്ട് അവര് കാണുന്നത് അതുകൊണ്ടാണ് ജന്തുനാം എന്ന് പറഞ്ഞത് ജന്തുക്കളിൽ ജന്തവഹ അതുകൊണ്ടല്ലേ ഇടയ്ക്ക് നമ്മൾ കുട്ടികളെ വിളിക്കുന്നത് ഓ ഈ ജന്തുവിനെ കൊണ്ട് ഞാൻ തോറ്റു അതെ ഇല്ലേ അപ്പൊ അവർ വലിയ വേദാന്തികളാണ് കാരണം ഇവൻ കേവലം ജന്തു മാത്രമേ ആയിട്ടുള്ളൂ ഇവനിൽ മനുഷ്യന്റേതായിട്ടുള്ള ഭാവങ്ങളൊന്നും ഇല്ലാതെ പോകുമ്പോഴാണല്ലോ നമ്മൾ ജന്തു എന്ന് വിളിക്കുന്നത് അസത്തേ എന്നൊക്കെ വിളിക്കുന്നത് സർവഭൂത ഹിതേരതത്വം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനോടും ഉള്ളത് തന്നെയാണ് പിന്നെ ഭാര്യയും ഭർത്താവും എല്ലാം ഉൾപ്പെട്ടു പിന്നെ അതിന് വേറൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം ഈ ശരീരത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം അപ്പൊ ഈ ശരീരത്തിനകത്തൊരു ദേവനുണ്ട് എന്നും ഈ ശരീരം ആ ദേവനെ അറിയാനുള്ളതാണ് എന്നും ആ ദേവനെ അറിയുമ്പോഴാണ് ഈ ശരീരത്തിന് ധർമ്മക്ഷേത്രമാകുന്നത് എന്നും ഇതൊക്കെ ഗവേഷണങ്ങളൊക്കെ എന്താ ആകാം അപ്പം ഇതം ശരീരം ക്ഷേത്രം ഇത് ഒന്ന് അപ്പൊ കർമ്മത്തിന്റെ ഇവിടെ പറയണു കർമ്മമെന്ന ബീജത്തിന്റെ കർമ്മത്തെ ബീജമായി എണ്ണിയാൽ അതിൻ്റെ എന്താ ഫലം അനുഭവിക്കുന്നത് ഈ ഭൂമിയിലാണ് അത്ര അതായത് ഈ ശരീരത്തിൽ കർമ്മമാകുന്ന ബീജത്തിന്റെ വിളനിലം ശരീരം അപ്പൊ ഈ ശരീരമാണ് ഇതൊക്കെ അനുഭവിക്കാനുള്ളത് കർമ്മം എന്താണ് ബീജമാണ് അതുകൊണ്ടാണ് പൂർവന്മാര് കർമ്മം ശുദ്ധിയുള്ളതാക്കാൻ പറഞ്ഞത് പുനർജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വരുവെ ജനിക്കുക ജനിക്കാതിരിക്കുക എന്തോ ആവട്ടെ പക്ഷെ അവരിത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പൊ ഇരിക്കുന്ന കർമ്മം നന്നാക്കാൻ വേണ്ടി മാത്ര ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു അതായത് ഉണ്ടായി നില അസ്ഥി ഈ ശരീരത്തിൻ്റെ ഈ ശരീരത്തെക്കുറിച്ച് പഠിച്ചോളൂ ഈ ശരീരത്തെക്കുറിച്ച് പറയില്ല എന്താണ് ശരീരം എന്നാണെങ്കിൽ ഇതിന് ആറ് പരിണാമങ്ങളുണ്ട് ഷഡ് വികാരവതേത സ്ഥൂല ശരീരം ഷഡ് വികാരവത് ആറ് വികാരങ്ങൾ എന്തൊക്കെയാണ് അസ്ഥി ജായതേ വർദ്ധത വിപരീണമതേ അപക്ഷീയതേ വിനശ്യതേ ഇത് ഷഡ് വികാരവതേത സ്ഥൂല ശരീരം ഏത് ഏതത് ഇപ്രകാരത്തിലുള്ള ആറ് വികാരങ്ങൾക്ക് പരിണാമങ്ങൾക്ക് വിധേയമാണ് നമ്മുടെ ശരീരം അത് ഉണ്ടായി നിലനിന്ന് പരിണമിച്ച് വികസിച്ച് ക്ഷയിച്ച് ഇല്ലാതെയും ഈ വികാരങ്ങൾക്ക് ഈ വികാരങ്ങളെ ഒരു പ്രകാരത്തിലും ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല പക്ഷേ ഈ വികാരങ്ങൾക്കൊക്കെ അപ്പുറമുള്ളവനാണെന്നും ഈ വികാരങ്ങളെ നിരീക്ഷിക്കാൻ എനിക്ക് കഴിവുണ്ടെന്നും എന്ന് ഞാൻ അറിയുന്ന സമയത്ത് എൻ്റെ ശരീരം ധർമ്മക്ഷേത്രാവും പിന്നെ എൻ്റെ എനിക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുക ഇതിപ്പം നമ്മളെ പേടി എന്താണെന്നറിയോ ഞാനില്ലാതെയായി പോവുമോ എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും പേടിക്കണോ മരണം എങ്ങനെയാ വരിക എപ്പോഴാണ് വരിക എതിലെയാ വരിക പറഞ്ഞുവല്ലോ പണ്ട് ഒരു കൊട്ടാര ഒരു വാതിലുള്ള കൊട്ടാരം നിർമ്മിച്ച് പണിതും ഓക്കെ ഇല്ലേ ഇതിലെ വേണമെങ്കിൽ ഈ ഒരു അറിവ് നേടിയവന് മരണം എപ്പോൾ എങ്ങനെ എവിടെ ഏത് വഴിക്ക് വന്നാലും വന്ന മരണം അബദ്ധത്തിലാവുമെന്ന് പറയാം എന്താണ് മരണം ഒരു ദേവനായി വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്ക് മരണത്തിനൊരു വേഷം സങ്കൽപ്പിക്കുകയാണെങ്കിൽ മരണം വിചാരിക്കും എന്താ ഞാൻ വന്നത് അബദ്ധായി എന്ന് കാരണം വരേണ്ട സ്ഥലത്തല്ല വന്നതെന്ന് പറയാം കാരണം ഇതുവരെ ആളുകളൊക്കെ എന്നെ കണ്ടുകഴിഞ്ഞാൽ പേടിക്കും ഒരിക്കൽ മുല്ലാം നസറുദ്ദീൻ അദ്ദേഹം അദ്ദേഹം വലിയ ധനീയനൊന്നുമല്ല അറിയാലോ നിങ്ങൾക്ക് പരിചയമില്ലേ അദ്ദേഹത്തെ കുറച്ചുകാലായിട്ട് പരിചയ ഉണ്ടായി കാണുന്നുണ്ടോ അല്ലേ തത്വജ്ഞാനിയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ധനം എന്ന് പറയാം വീട്ടിൽ ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീഴ് ഒരു കഴിയുന്നു രാത്രി നല്ല തണുപ്പുണ്ട് അപ്പൊ ഒരു പുതപ്പേ ഉള്ളൂ ആ പൊതപ്പ് വിരിച്ച് ആ പൊതപ്പിലെ പകുതി മുല്ല കിടന്ന് അതിൻ്റെ പകുതിയെ പുതച്ചുകൊണ്ടാണ് കിടപ്പ് ഇങ്ങനെയൊക്കെ കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പൂരപ്പറമ്പിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം നാടകമൊക്കെ കാണുന്നവർക്ക് പണ്ട് ആദ്യാദ്യം അവരങ്ങനെ വിസ്തരിച്ചൊക്കെ ഇരിക്കും പിന്നെ ഒന്ന് ചായയും പിന്നെ ഒന്നുകൂടെ ചായും പിന്നെ കിടക്കും ചേരിപ്പഴിച്ച് തലയണിയാക്കും പിന്നെ മുണ്ട് മുണ്ടാണ് പുതപ്പായിട്ടും കിടക്കയായിട്ടും എല്ലാം കൂടെ ആയിട്ട് ഒരു ഒരു ഷേപ്പിലായിരിക്കും അത് ഇതുപോലെ മുല്ല അതിവിദഗ്ധമായി വളരെ സുഖമായിട്ടങ്ങനെ കിടക്കുക അങ്ങനെ ഉറങ്ങുമ്പോഴാണ് കള്ളൻ കയറിയത് വീട്ടിൽ അപ്പൊ കള്ളൻ നോക്കുന്ന സമയത്ത് വാതിലൊക്കെ വെറുതെ ഒന്ന് ചാരിയിട്ടിട്ടേ ഉള്ളു അപ്പൊ ഒന്ന് തുറന്നു തൊട്ടതും വാതിലങ്ങട്ട് തുറന്നു നോക്കുമ്പോ എല്ലാ വാതിലും തുറന്നു കിടക്ക കള്ളൻ സുഖായി കള്ളൻ വേഗം ഓരോന്ന് നോക്കാൻ വീടിനകത്തേക്ക് പ്രവേശിച്ചു അദ്ദേഹം മുൻപിലേക്ക് പോയി കഴിഞ്ഞപ്പം മുല്ല പതുക്കെഴുന്നേറ്റു ആ പതപ്പൊക്കെ ഇതാക്കിക്കൊണ്ട് ഈ കള്ളന്റെ പിറകെ എങ്ങനെ പോവാൻ അയാൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ചെന്നു അവസാനം എന്തോ കാലിന് മുല്ലയുടെ കാലിന് എവിടെ എന്തോ തട്ടിയച്ച ഒരു ശബ്ദം ഉണ്ടായി അപ്പം ഉടനെ പെട്ടെന്ന് കള്ളാൻ ഏഹ് പേടിക്കൊന്നും വേണ്ടു ഞാൻ കുറെ പക്ഷെ ഇവിടെ ഒന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്നും എനിക്കറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പറയാം അപ്പം കള്ളൻ അത്ഭുതപ്പെട്ടു ഇതെന്തായത് ഞാൻ അപ്പോൾ മുല്ല എങ്ങനെ അങ്ങോട്ട് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനൊരു സംശയം ഇനി എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമോ ഞാനൊരു മെഴുകുതിരിയൊക്കെ കൊണ്ടുവിടാം മെഴുകുതിരി കൊണ്ടുവന്നു ആ ഒരു വീട് മുഴുവൻ അരിച്ചു പെറുക്കി അതിനു മുമ്പ് മുല്ല പറഞ്ഞു എന്തെങ്കിലും കിട്ടിയാൽ പകുതിയും പകുതിയും ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം ഇത് എന്തൊരു മനുഷ്യനാണ് ഇത് എന്നാൽ പോട്ടെ സിക്സ്റ്റി ഫോർട്ടി അറുപത് നാൽപ്പതാക്കാം അവസാനം സമ്മതിച്ചു എന്നാ ശരി അങ്ങനെയെങ്കിലാണ് അങ്ങനെ അങ്ങനെ അവർ പരതി ഒരു സാധനവും ഇല്ല വീടിൻ്റെ ചുറ്റും പരതി ഒന്നുമില്ല സാധനം മതിയായി കള്ളൻ പോവാൻ നേരത്ത് അപ്പൊ കള്ളന് വേറെ എവിടെന്നോ എന്തൊക്കെയോ കുറച്ച് കട്ടിട്ടൊക്കെയാണ് വന്നത് അതിൻ്റെ പാ ഒരു എന്താ കൊട്ടയിലുണ്ടെന്തോ അവിടെ മുല്ലയിൽ വെച്ചിട്ടുണ്ട് അപ്പം മുല്ല എന്ത് ചെയ്തു ഈ പുതപ്പ് എടുത്ത് കൊട്ടയിലിട്ടു എന്നിട്ട് പറഞ്ഞു ശരി എന്നാൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഏതായാലും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പാർട്ട്ണർഷിപ്പായി കഴിഞ്ഞു നമ്മൾ ഉടമ്പടി വെച്ച് കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാ ഈ വീട്ടിലൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ പുതപ്പ് എടുത്തേക്കോ വേണ്ട ഒന്നുമില്ല നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളൂ ഞാൻ പോവാം അല്ല അങ്ങനെ ശരിയാവില്ലല്ലോ നമ്മൾ തമ്മിലൊരു അഗ്രിമെൻ്റ് ഒക്കെ എത്തിയതല്ലേ അപ്പോൾ ഇനിയൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് അത് നമുക്ക് പകുതിയും പകുതിയാക്കാം പൊതപ്പ് നിങ്ങളെടുത്തോളൂ നിങ്ങളെടുത്തത് നിങ്ങളേക്കും തന്നെ ഇയാൾ ആകെ പ്രശ്നമായി നൈ കള്ളൻ കള്ളൻ പറഞ്ഞു നിങ്ങളെന്തായി പറയുന്നത് എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം നമ്മളിങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ അവസാനം അദ്ദേഹത്തിന് തോന്നി നിങ്ങൾ മുഴുവനെടുത്തോളൂ നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്നാ നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ മതി വളരെ കഥ വളരെ രസകരായിട്ടുള്ള കഥയാണോ അപ്പം മുല്ല പറയുന്നത് മുല്ല പറയുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ഇവിടുന്ന് പോകാൻ റെഡിയാണ് നിങ്ങളുടെ കൂടെ ഞാൻ വരാൻ റെഡിയാണ് എന്ന് പറയാം എനിക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്നൊന്നുമില്ല കാരണം ഇവിടെ ഒന്നുമില്ല എന്ന് പറയാം നമ്മൾ തമ്മിൽ നമുക്ക് ഒരുമിച്ചിറങ്ങാം ഇതാണത്ര മരണത്തിൻ്റെ മരണം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഇതുമില്ല മരണത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഞാനും അന്വേഷിക്കുകയാണ് എന്ന് പറയാം വരും നമുക്ക് പോവാ മരണം തന്നെ കുഴങ്ങിപ്പോവും ഈ ശരീരത്തിൽ അശരീരിയായിരിക്കുന്ന ശരീരത്തിന് അപ്പുറത്തിരിക്കുന്ന ഒരു ദേവനുണ്ട് അതിനെ അറിയേണ്ടതുണ്ട് ഭഗവാൻ ആദ്യം പറയുന്നു ശരീരം ക്ഷേത്രമാണ് ഏതത് യഹ യഹ യാതൊരുവനാണോ ഏതത് ഇതിനെ ഏതിനെ ശരീരത്തെ അപ്പൊ ഈ ശരീരത്തിന് ഈ ശരീരത്തെ ഭഗവാൻ ക്ഷേത്രം എന്ന് പറയുന്നു രീരത്തിന് പരിണാമം പരിണാമത്തിന് വിധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഈ ശരീരത്തെക്കുറിച്ച് പറയുന്നത് സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിതമാണ് എന്നാണ് പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടാണ് അതേപോലെ സപ്തധാതുക്കൾ ഈ ശരീരത്തിലുണ്ട് അതെന്തൊക്കെയാണ് എന്നാണെങ്കിൽ ത്വങ് മാംസരുതിര സ്നായു മേധോ മജ്ജ അസ്ഥി സങ്കുലം പിന്നെ മൂത്രം പൂർണ്ണപുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യതം വപുഹു എന്നാണ് വിവേകചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയണം ത്വങ് മാംസരുതിര സ്നായുമേതോ മജ്ജാസ്തി സങ്കുലം ത്വക്ക് തൊലി മാംസം രുതിരം സ്നായു രക്തം സ്നായു ഞരമ്പ് പിന്നെ മജ്ജയുണ്ട് മാംസമുണ്ട് അസ്ഥിയുണ്ട് ഇത്യാദികളും മലവും മൂത്രവും ഇത് ഒരു ഷെയ്പ്പായതാണ് അത്ര ഇത് ഇതുകൊണ്ടാണ് ഇതിനെ നിർമ്മിച്ചത് എന്ന് പറയുന്നത് പിന്നെ ഇതിന് മൂന്ന് അവസ്ഥകളുണ്ട് ജാഗ്രത് സ്വപ്ന സുശുപ്തി നമ്മുടെ ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ നല്ലതാ അറിയുന്നത് നല്ലതാണ് ഇതൊക്കെയാണിത് ഇതിനെല്ലാറ്റിനെയും കൂടെ ഭഗവാൻ ഒരു നല്ലൊരു പേരൊക്കെ നൽകിയിട്ട് പറയുന്നു ഈ ശരീരം ക്ഷേത്രം യഹ ഏതത് വേദി ആരാണോ ഇതിനെ ഈ ശരീരത്തെ അറിയുന്നത് തം അവനെ ശരീരത്തെ ആരറിയുന്നു അവനെ ക്ഷേത്രജ്ഞ ഇതി ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ അറിയുന്നവൻ ക്ഷേത്രജ്ഞൻ എന്ന് തദ്വിധ അറിയുന്നവനെ ആ വിഷയത്തെ അറിയുന്നവൻ തദ്വിധ എന്ന് പറഞ്ഞ അറിയുന്നവൻ എന്ന് പ്രാഹു പറയപ്പെടുന്നു അപ്പൊ നീ എന്നോട് ചോദിച്ചില്ലേ ക്ഷേത്രം എന്ത് ക്ഷേത്രജ്ഞൻ എന്ത് എന്ന് അതിൽ ക്ഷേത്രം എന്നാൽ ശരീരമെന്നും ക്ഷേത്രജ്ഞൻ എന്നാൽ ആ ശരീരത്തെ അറിയുന്നവെന്നും അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തെ അറിഞ്ഞില്ലേ അതെ ഏതജ്ഞാനിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതൊരജ്ഞാനിക്കും അറിയാം ഞാൻ ശരീരമല്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ആ അജ്ഞാനി തൻ്റെ നിലനിൽപ്പ് തനിക്ക് നിലനിൽക്കുന്നതിനായിട്ട് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ അവയവങ്ങളൊക്കെ ഇല്ലാതെയായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇല്ലേ ഡോക്ടർ പറയുകയാണ് അവൻ്റെ നിലനിൽപ്പിന് ഇതാ ഈ സ്ട്രോങ് മെഡിസിൻ ഇത് എടുക്കണം ഇതിൻ്റെ വില ഇത്രയാണ് ഇത് മേടിക്കണമെങ്കിൽ ചിലപ്പം വീട് വിൽക്കേണ്ടി വരും എന്നാലും വേണ്ടില്ല നമ്മൾ വീട് വിൽക്കാൻ റെഡിയാണ് അല്ലേ എന്നിട്ട് അദ്ദേഹം പറയണു നോക്കൂ ഇതിന് ചില ഉറപ്പ് പറയാൻ പറ്റില്ല സാധ്യതയുണ്ട് ചിലപ്പോൾ കണ്ണു പോവും കണ്ണു പോയാലും വേണ്ടില്ല അല്ലേ അല്ല മെന്റലാവാൻ സാധ്യതയുണ്ട് എന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞു ഏ അങ്ങനെയൊന്നും പറയില്ലേ സ്വാമി പറയും ഒരു കുഴപ്പമില്ല എന്നാലും എനിക്ക് അതായത് എനിക്ക് മൊത്തത്തിൽ കുഴപ്പം സംഭവിച്ചാലും വേണ്ടിയിട്ടില്ല എന്തോ ഒരു നിലനിൽക്കണം എന്നുള്ളൊരു ഒരു ഒരു ജ്ഞാനം കാരണം ഏതൊക്കെയോ തലമുറകളിൽ എപ്പോഴൊക്കെയോ നമ്മൾ ഈ സത്യം അറിഞ്ഞവരാണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ രഹസ്യം പലപ്പോഴും നമ്മൾ പലതും മറന്നു പോകണ മറന്നു പോകാറില്ലേ ഓ ഞാനത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു എന്ന് ഇതുപോലെയ കാര്യങ്ങളൊക്കെ ചില ദിവസം എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് എത്രയോ മാസങ്ങൾക്ക് മുൻപ് ഇല്ലേ ശമ്പളം കിട്ടിയ സമയത്ത് നൂറ് നൂറിൻ്റെ പുത്തൻ നോട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ചെണ്ണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ ഇത് ഏതായാലും എടുക്കാൻ ചെലവാക്കണ്ട എന്ന് വിചാരിച്ച് നമ്മളതൊരു കവറിലൊക്കെ ഇട്ട് മടക്കിയിട്ട് നമ്മുടെ പാൻഡിൻ്റെ അടിയിൽ തുണിയുടെ അടിയിൽ വെച്ചു ഇതൊരു നാലഞ്ച് അഞ്ചാറ് മാസങ്ങൾ മറന്നുപോയി സംഭവം ഒരു ദിവസം നോക്കുന്ന ആ ശരിയാണ് ഇതെവിടുന്ന് ഓ ഇതന്ന് വലിയ സന്തോഷമാണ് ഇല്ലേ ഇതുപോലെ പലതും നമ്മുടെ അപ്രപാളികളില് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഈ സ്ഥിരതയെ അതാണല്ലോ മഹാഭാരതത്തിലെ യക്ഷപ്രശ്നം വിവേകാനന്ദ സ്വാമികള് അതിനൊരു പുതിയ മാനത്തിൽ കാണുന്നത് അഹനി അഹനി ഭൂതാനി ഗച്ചന്തി യമാലയെ ശേഷാസ്ഥാവരമിച്ചന്തി കിം അത്ഭുതമിത പരം എന്നുള്ളതിന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് അറിവില്ലായ്മ എന്നല്ല പിന്നെയോ അറിവിന്റെ മഹാത്ഭുതമാണ് എന്നാ കാരണം എന്താ എല്ലാം കടന്നു പോകുമ്പോഴും ഞാനിവിടെ സ്ഥിരം എന്നത് അജ്ഞാനമല്ല ജ്ഞാനമാണ് ശരീരത്തോടുകൂടി എന്നല്ല ഇപ്പൊ ഒരാൾ വിചാരിക്കുന്നു എന്നിരിക്കട്ടെ ഇത് ഇവരൊക്കെ മരിച്ചു പോകുമ്പോഴും ഞാനിവിടെ നിൽക്കുന്നു എന്ന് ഇത് ജീവനോട് ഇരിക്കുമ്പോഴേ അറിയാൻ പറ്റൂ മരിച്ചു പോകുമ്പോൾ അറിയാൻ പറ്റില്ല ഞാൻ സ്ഥിരം തന്നെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ശരീരി ശരീരത്തോടുകൂടി സ്ഥിരമായിട്ടിരിക്കുന്നു ഇല്ല ഒരിക്കലും ഇല്ല അതുകൊണ്ട് ഞാൻ സ്ഥിരമെന്ന അറിവ് നമുക്കുണ്ട് പക്ഷേ നമ്മുടെ വ്യവഹാരത്തിൽ നമ്മൾ സഹജനോട് പെരുമാറുന്ന സമയത്ത് നമുക്കീ അജ്ഞാനം മായ മറയൊക്കെ വന്ന് അതിന് ഭഗവാൻ പറഞ്ഞുവല്ലോ ഏതൊക്കെ പ്രകാരത്തിലാണ് അത് വന്നതെന്ന് മറന്നു പോകുന്നു എന്ന് പറയാം ഇത്രയേ ഉള്ളൂ ഒന്ന് പൊടി തട്ടി എപ്പോഴും ഒന്ന് പൊടി തട്ടി പൊടിതട്ടി പോവുകയാണെങ്കിൽ കാര്യം വളരെ ഭംഗിയാണ് വളരെ ലളിതവുമാണ് ഇതങ്ങനെ ഗഹനമായിട്ടുള്ള വിഷയമൊന്നുമല്ല പക്ഷേ നമ്മളെ കാലാകാലമായിട്ട് പലരും അങ്ങനെ പഠിപ്പിച്ചു വേദാന്തം എന്ന് പറഞ്ഞാൽ ഗീത എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആത്മാവ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം മാവാണ് നിങ്ങൾ ഈ എളോർമാവും മറ്റു മാവും അരിമാവുമൊക്കെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതൊരു പ്രത്യേക മാവാണ് അങ്ങനെ ആരും മാവും ചേർത്ത് വെച്ചതാണ് എന്നൊക്കെ പറയണം അതാണ് ആത്മാവത്ര ഒന്നുമില്ല അത് ക്ഷേത്രജ്ഞൻ എന്ന് പറയുമ്പം ഞാൻ എന്റെ ശരീരത്തെ മാറി നിന്ന് എനിക്ക് കാണാൻ സാധിക്കുമല്ലോ ആര് പറഞ്ഞ് സാധിക്കില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ ഇന്നലകളിലേക്ക് ഒന്ന് പോയി നോക്കൂ നമ്മുടെ എവിടെ ഓർമ്മ ആരംഭിക്കണോ എന്തായാലും ക്ലാസ് റൂമൊക്കെ ഓർമ്മ ഉണ്ടാകുമല്ലോ എൽ കെ ജി ഉന്നും കിട്ടിയില്ലെങ്കിലും അന്ന് നമ്മൾ പറയുമായിരുന്നില്ലേ എന്റെ ജൂണിഫോമാണ് ഇത് എന്നൊക്കെ അല്ലേ നമുക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നല്ലോ അതിനെയൊക്കെ ഇന്ന് സ്മരിക്കുന്ന സമയത്ത് ആ ശരീരത്തെ തന്നെയല്ലേ താൻ മാറി നിന്ന് കാണുകയല്ലേ തന്റെ യുവത്വം എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കാണിച്ചു ഇല്ലേ എത്ര പെട്രോൾ അടിച്ചു ഇങ്ങനെ കറങ്ങി അല്ലെങ്കിൽ സൈക്കിൾ എടുത്തു പോയി അല്ലെങ്കിൽ ബസ്സിൽ കയറിപ്പോയി ഇതൊക്കെ ഇന്ന് മാറി നിന്ന് നോക്കുമ്പം എൻ്റെ ചെയ്തികളെയും എൻ്റെ ശരീരത്തെയും ശരീരത്തിൻ്റെ വളർച്ചയെയും ശരീരത്തിനുണ്ടായ മാറ്റങ്ങളെയും ഒക്കെ ഇതായിപ്പം കാണുന്നവനും ആരാണ് ഇതിന് വലിയ പെരുത്തജ്ഞാനൊന്നും വേണ്ട വേണം അതിനെയാണ് ഇവിടെ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനെ മുഴുവനെ വേറൊരു വിധത്തിൽ കണ്ടു എന്ന് അറിഞ്ഞ അറിവ് തന്നെയാണ് ക്ഷേത്രജ്ഞ ജ്ഞപ്തി എന്ന് പറഞ്ഞ അറിവ് അപ്പൊ ശരീരത്തിൻ്റെ മാറ്റത്തെ ആരാണ് കാണുന്നത് ശരീരത്തിൻ്റെ മാറ്റം എന്നിലെ യുവത്വം എന്നിലെ ബാല്യം എന്നിലെ ബാല്യം കഴിഞ്ഞു എന്ന് കണ്ടവനാർ എന്നിലെ യുവത്വം മാറിയത് കണ്ടവനാർ ഇതാ എന്നിലെ വാർദ്ധക്യത്തെ കണ്ടവനാർ ഇനി ഈ വാർദ്ധക്യത്തിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ വാർധക്യത്തിന്റെ എന്താ പറയാ വാർദ്ധക്യത്തെയും അതിന്റെ അടുത്ത രൂപാന്തരവും അതും കാണാൻ കഴിയുന്നവൻ തന്നെയാണ് ഞാൻ ഇതിനെ അറിയുന്നവന് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു അപ്പൊ ക്ഷേത്രജ്ഞൻ അപ്പം അർജുന കർമ്മത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കർമ്മം നേരത്തെ പറഞ്ഞല്ലോ കർമ്മം ഒരു ബീജമാണ് അതിന്റെ വിളനിലമാണ് ഈ ശരീരം ആ ശരീരത്തിന്റെ മാറ്റങ്ങളും അതിന് വരുന്നതും അതിനോട് നാം ഇടപഴകുന്നതും ഒക്കെ നിങ്ങൾ ഒരു ഫുട്ബോൾ കളി കാണുന്നത് പോലെ റഫറി കാണുന്നത് പോലെ ഇങ്ങനെ മാറി നിന്ന നല്ല രസമാണ് തുടർന്ന് പറയാം ക്ഷേത്രജ്ഞം क्षेत्रु भारत क्षेत्र क्षेत्र ज्ञान यद तत्म मद मम हे भारत ഭഗവാൻ എപ്പോഴൊക്കെയാണോ അർജുനനെ ഭാരത എന്ന് വിളിക്കുന്നത് അപ്പോഴൊക്കെ വളരെ സൂക്ഷ്മമായ വിഷയം അതായത് ആ അറിവ് കൊണ്ട് ആ അറിവിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കേണ്ട അതായത് ഉള്ളിലേക്ക് ബുദ്ധിഗുഹയിലേക്ക് അതിനെ ഉൾക്കൊള്ളേണ്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഭഗവാൻ അർജുനനെ ഭാരത എന്ന് വിളിക്കും കർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഭഗവാൻ പറയും മഹാബാഹോ എന്നൊക്കെ വിളിക്കും അപ്പൊ ഭാ എന്ന് പറഞ്ഞാൽ ഭാസയതി ഇതി ഭ അറിവ് രഥ അതിൽ രമിക്കുക ഈ ആനന്ദത്തിൽ രമിക്കണം ഈ ഒരു അറിവിൽ ഈ അറിവ് നിനക്ക് ആനന്ദം തരുന്നതായിരിക്കട്ടെ അതുകൊണ്ട് ഈ വംശത്തിൽ പിറന്ന നിന്റെ പൂർവികന്മാരൊക്കെ തന്നെ ഈ ഒരു അറിവിലാണ് അവർ ആനന്ദിച്ചിരുന്നത് അതുകൊണ്ട് നീയും അങ്ങനെ തന്നെ ആവട്ടെ നിനക്കതിന് സാധിക്കട്ടെ എന്നുള്ള ഒരു അനുഗ്രഹ ബുദ്ധിയാൽ ഭഗവാൻ എൻ ആരാണ് നീ എന്ന് ഓർമ്മിപ്പിക്കുക നമ്മളോടും ഭാരതം കേട്ടാൽ എന്ത് വേണം ഈ ഇത് ഓർമ്മ വേണമെന്ന് പറയാം അല്ലയോ അർജുന സർവക്ഷേത്രേഷു സർവക്ഷേത്രങ്ങളിലും എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ പറയുന്നു എല്ലാ ശരീരങ്ങളും ക്ഷേത്രമാണ് ഗീതയുടെ അഭിപ്രായത്തിൽ ഭഗവാന്റെ അഭിപ്രായത്തിൽ സകല ശരീരങ്ങളും ക്ഷേത്രം അപ്പൊ അന്ന് നോക്കൂ ക്ഷേ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ എല്ലാം എന്താ എല്ലാറ്റിനെയും നമിക്കാം ഉള്ളിലാരണ്ട് സ്വാമി നിന്റെ കത്തോ അയ്യപ്പ നിന്റെ കത്തോ നിന്റെ കഥവുമല്ല അപ്പം നമസ്തേ തേ നമഹ നിനക്ക് നമസ്കാരം എന്തുകൊണ്ട് അതിൻ്റെ ഉള്ളില് ഒരാളിരിക്കണോ അപ്പൊ സർവക്ഷേത്രേഷു എല്ലാ ശരീരങ്ങളിലും മാം അപ്പി എന്നെ തന്നെ ക്ഷേത്രജ്ഞം ഇതി ത്വം വിധി ക്ഷേത്രജ്ഞൻ എന്ന് നീ അറിയണം അപ്പൊ ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തെ കാണുന്ന ക്ഷേത്രജ്ഞൻ അതാരാണ് ഞാൻ അത് ഞാനാ അറിവായി നമ്മിൽ ഭഗവാൻ നിലകൊള്ളുന്നു സാക്ഷി സാക്ഷിയായി വർത്തിക്കുന്നു എല്ലാ മാറ്റങ്ങളെയും അറിയുന്നവനായി നിലകൊള്ളുന്നു ഭഗവാന്റെ പുതിയൊരു അവതരണമാണ് ഈ അധ്യായത്തിൽ ഞാനാര് എന്നുള്ളത് ഇതാണ് ഈ നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ എന്തുകൊണ്ടോ നമ്മളത് അങ്ങനെ അത്രയും ഇങ്ങോട്ട് ചെയ്യാറില്ല എന്ന് പറയാം കുട്ടിക്കാലത്ത് തന്നെ ഇതൊക്കെ ഇങ്ങോട്ട് ഉറപ്പിച്ചു കൊടുത്തേക്കാം പക്ഷേ കുട്ടികളും നമ്മളുമായിട്ടുള്ള ഇടപാട് വാശി വാശിയുടെ മുകളിലാണ് എല്ലാം നടക്കാറ് കുട്ടികൾ പലതിനും വാശി കാണിക്കും അപ്പൊ നമ്മൾ ഒന്നാ ശരി എന്നാ ആ നിന്റെ കുറുമ്പോ അങ്ങനെ അവിടെ നിൽക്കട്ടെ പക്ഷെ അവർക്കറിയാം അവര് റോട്ടിലൊക്കെ വെച്ച് വാശി കാണിച്ചാൽ നമ്മൾ വേഗം അടങ്ങും അല്ലേ മനഃശാസ്ത്ര മനഃശാസ്ത്രകാരനോട് ഒരമ്മ കത്തെഴുതി ചോദിച്ചു എന്റെ മകൻ വല്ലാതെ കുറുമ്പ് കാണിക്കണോ അവൻ വീട്ടിൽ കുറുമ്പ് കാണിക്കുന്നത് ഞാൻ നിർത്തുന്നത് പറഞ്ഞാൽ നല്ലോണം കൊടുക്കും നല്ല പെട കൊടുക്കും അപ്പൊ അവൻ കാണിക്കാറില്ല പക്ഷെ അവൻ കടകളിലൊക്കെ വന്നിട്ട് അവൻ ഇങ്ങനെ കാണിക്കണം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ പ്രൊഫഷണൽ സ്റ്റോഴ്സ് അവിടെ ഇവിടെ ഒക്കെ പോകുന്ന സമയത്ത് അവനെ അവിടെ നിന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങും ആ എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് ആളുകളുടെ മുൻപിൽ വെച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം അപ്പൊ ഡോക്ടർ ഉത്തരം പറയുന്നു പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ എഴുത്ത് വായിച്ചു സന്തോഷം അങ്ങനെയുള്ള കുട്ടികൾ സമൂഹത്തിൽ ഇന്ന് വളരെ ഉണ്ട് ഇത് നിങ്ങൾക്ക് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയൊരു കത്തെഴുതി എന്നിട്ട് പറഞ്ഞു അല്ല ഇവര് കത്ത് എഴുതിയത് ഇവരുടെ കുട്ടി എന്ന് പറഞ്ഞിട്ടല്ല എന്റെ സുഹൃത്തിന്റെ കുട്ടി എന്നാ ഇത് കത്ത് വായിക്കുന്നവർക്ക് അറിയാം ഇത് ആരുടെ കുട്ടിയാണ് ഈ മനഃശാസ്ത്രകാരന്മാരോടൊക്കെ ചോദിക്കും അങ്ങനെയാണ് നമ്മളോടും ഇങ്ങനെ ചോദിക്കാറുണ്ട് സ്വാമിജി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനൊരു പ്രശ്നമുണ്ട് നീ ഫ്രണ്ടിൻ്റെയല്ല പ്രശ്നം ആരുടെയാണ് അവനവന്റെ പ്രശ്നമാണെന്ന് പറയാം ഇതുപോലെ അവർ പറ അദ്ദേഹം എഴുതി തിരിച്ച് എഴുതി നിങ്ങളൊരു കാര്യം ചെയ്യും കുട്ടിയോട് പറയൂ എന്താണ് മോനെ നീ ഇങ്ങനെ അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കിയാൽ നിനക്ക് ഞാൻ ഇതൊന്നും തരില്ല നീ വെറുതെയാണ് അവിടെ പോയിട്ട് കടയിലോ അല്ലെങ്കിൽ അമ്മയായിട്ട് നീ എപ്പോഴാണോ പുറത്തേക്ക് വരുന്നത് അവിടെ വെച്ച് നീ ഈ കുറുമ്പൊന്നും കാണിക്കാൻ പാടില്ല ഏ എന്നൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ടും അവൻ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആരും കാണാത്ത അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന തന്നെ ചെയ്തോളാം ഞാനും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയാം ഇപ്പം ഒരു ഉണ്ടായിട്ടുള്ളൊരു സംഭവം പറയാം ഉണ്ടായതാണെന്ന് പറയുന്നു ഒരു കുട്ടി അമ്മ അമ്മയുടെ അടുത്തുനിന്ന് ഇവര് അച്ഛൻ്റെ അടുത്തു നിന്നൊക്കെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അവൻ പറയാ ഞാൻ ഷർട്ട് ഊരുന്നാ പറയാം വസ്ത്രമൊക്കെ ഊരുന്നാൽ പറയാം റോട്ടിൽ വെച്ച് അവരതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമല്ലേ ഊരൊന്നും പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് ബട്ടൺസൊക്കെ കഴിക്കും അപ്പോഴേക്ക് അവർ വേഗം മേടിച്ചു കൊടുക്കും ഇങ്ങനെ അവരെ ഇതാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു ദിവസം ഡോക്ടറെടുത്ത് കൊണ്ടുപോയി പല്ലില് എന്തോ പുഴുപ്പല് എന്തോ വന്നിട്ട് അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് അപ്പൊ ഡോക്ടർ പറഞ്ഞു അവിടെ എവിടെ പോയാലും ബഹളമാണ് വഴക്കാണ് അതായത് ഫോൺ എടുക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടർ പറഞ്ഞു അവിടെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു നീ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് ഊരെന്ന് പറഞ്ഞു ഊരിക്കോളാൻ പറഞ്ഞു ഞാൻ ഊരെന്ന് പറഞ്ഞു ഊരാൻ പറഞ്ഞു അവനൂരി ഉടുപ്പൂരി ഒരട്ടിയേറിഞ്ഞു ഡോക്ടറുടെ മുഖത്തേക്ക് എറിഞ്ഞു ഡോക്ടറെ എടുത്തിട്ട് അവിടെ ഇട്ടു ഇപ്പം ആൾ ഇത് എന്താ പാൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ബഹളം കളിക്കുമ്പോൾ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഊരു ഇനിയും ഊരുന്ന് പറഞ്ഞു ഊരിക്കോളാൻ പറഞ്ഞു പാൻറ്റ് ഊരി ഒറ്റയേറും ഡോക്ടർ അതും എടുത്തു അവിടെ വെച്ച് പിന്നെയും തുടങ്ങി വരും എന്നൊക്കെ ചെയ്യാൻ ഇരിക്കാനല്ലേ പറഞ്ഞു എന്ന് വെച്ചു ഞാൻ ഊരുന്ന് പറഞ്ഞു ഇനി ഒന്നുകൂടി എല്ലാം ഊരാ ഊരു ഞാൻ എന്ന് പറഞ്ഞു ഊരാൻ പറഞ്ഞു ഊരി ഒരു അറ്റേറും അത് ഡോക്ടർക്ക് കിട്ടിയില്ല പൊങ്ങിപ്പോയി ഏതായാലും സിസ്റ്റർ എടുത്തുകൊണ്ടുവന്നു പിന്നെ കുറച്ച് ആൾ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഊരി അങ്ങോട്ട് വലിച്ചെറിഞ്ഞതോടുകൂടി കുറച്ചൊരു എന്തോ ഒരു മാറ്റം വന്നു അറിയാം ഒന്ന് ആളവിടെ തളർന്നു വരി അങ്ങോട്ട് ഇരുന്നു പിന്നെ ഡോക്ടർ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ ആൾക്ക് അധികം ഉണ്ടാട്ടമില്ല ഡോക്ടറോട് പറഞ്ഞു എൻ്റെ ഉടുപ്പ് വരാൻ ഡോക്ടർ പറഞ്ഞു തെരല്ലാവുന്നു നീ ഞാൻ എന്താ നീ ഊരാനുള്ളത് ഇനി ഒന്നുമില്ല അവൻ നോക്കുക ഇനി എന്തെങ്കിലും ഊരാനുള്ള തരില്ല അപ്പൊ അമ്മ പുറത്താണ് അമ്മയോട് അമ്മമാരെ ചിലയിടത്തു നിന്നൊക്കെ പുറത്താക്കിയാലേ എന്ന് പറയാൻ പറഞ്ഞു പോയി കൊള്ളാൻ പറഞ്ഞു ഡോക്ടർ ഈ അമ്മ ചോദിച്ചു അവന്റെ കൊണ്ടുപോയിക്കോളന്ന പറഞ്ഞു അങ്ങനെ തന്നെ ബർത്ത്ഡേ സൂട്ടില് ഇതെന്താ ഇവിടെ ഇത്ര വലിയ കുട്ടി ഡെലിവറി കഴിഞ്ഞു വന്നൊരു സംശയം ഹോസ്പിറ്റലിൽ ഏതായാലും ഇവൻ എന്താ അമ്മയുടെ കൈയൊക്കെ പിടിച്ച് ആ സ്റ്റെയർ കൈ സൂറി ആളിറങ്ങി എല്ലാവരും അങ്ങനെ നോക്കി പിന്നെ വണ്ടിയിൽ കയറി വീട്ടിൽ പോയി പിറ്റേ ദിവസം അമ്മ ഡോക്ടറെ ഫോൺ ചെയ്തു പറഞ്ഞു അവൻ എൻ്റെ ആ പഴയ മോനെയല്ല എന്ന് പറയും അവനാകെ മാറിപ്പോയി ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല പറയും നമുക്ക് അറിയില്ല എന്ന് പറയാം പലപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെറുപ്പത്ത് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ചിലർ പേടിപ്പിക്കും കുട്ടികൾ എനിക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ച് മരിക്കുമെന്ന് പറയാം ഈ എഴുതി വെച്ച് മരിക്കുമെന്ന് പറയുന്നവരോട് നിങ്ങൾ എന്താ വേണ്ടതെന്നറിയോ നല്ലൊരു പാർക്കർ പേന മേടിച്ചു കൊടുക്കുക അഥവാ എഴുതി എഴുതിയിട്ടില്ലെങ്കിലോ വണ്ടിക്ക് ഞാൻ തലവയ്ക്കുമെന്ന് പറഞ്ഞാലോ റെയിൽവേ ടൈം ടേബിൾ കൊടുക്കാം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് വെറുതെ പറഞ്ഞ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കേസുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരിക്കലത് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യത്തിന് മുമ്പ് വലിയൊരു സംഭവം സംഭവിച്ചു എന്ന് പറയാം ഇതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ സാധിക്കുന്നതാ നമ്മൾ വിചാരിക്കേണ്ട സാധിക്കില്ല അപ്പൊ ആരാണ് എന്താണ് ക്ഷേത്രം എന്താണ് ക്ഷേത്രജ്ഞൻ സർവക്ഷേത്രേഷു മാം അപ്പി എല്ലാ ക്ഷേത്രങ്ങളിലും എന്നെ തന്നെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് അറിയേണ്ടത് അതിനെ അറിയുന്നവൻ ഈ മാറ്റങ്ങൾക്കൊന്നും വിധേയമല്ലാത്ത ഈ നമ്മൾ ഇത് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിനെ അറിയാനുള്ള ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും നിലനിൽക്കുന്നത് എന്ന് പറയാം എവിടെയൊക്കെയോ ഏതൊക്കെയോ ഇങ്ങനെ ഒരുപാട് ജനിമൃതികൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതിലുണ്ടായിരിക്കാം സർവ ക്ഷേത്രേഷു മാം അപി എല്ലാ ക്ഷേത്രങ്ങളിലും എന്നെ തന്നെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് അറിയേണ്ടത് അതിനെ അറിയുന്നവൻ ഈ മാറ്റങ്ങൾക്കൊന്നും വിധേയമല്ലാത്ത ഈ നമ്മളിത് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിനെ അറിയാനുള്ള ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും നിലനിൽക്കുന്നത് എന്ന് പറയാം എവിടെയൊക്കെയോ ഏതൊക്കെയോ വേളയിൽ ഇങ്ങനെ ഒരുപാട് ജനിമൃതികൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതിലുണ്ടായിരിക്കാം ക്ഷേത്രക്ഷേത്രജ്ഞയോഹോ ക്ഷേത്ര ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞരുടെ ക്ഷേത്രജ്ഞന്മാരുടെ ജ്ഞാനം ആ അറിവ് ഭഗവാൻ പറയണു യത് യാതൊന്നാണോ തത് അതിനെയാണ് ജ്ഞാനം അറിവ് ഈ രണ്ടിനെ അറിയുന്ന പ്രക്രിയ ഉണ്ടല്ലോ അതിനെയാണ് എന്ന് മേ മതം എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തമായ അഭിപ്രായം അർജുന ഈ അറിയലിനെയാണ് ഇതാണതി അതിനെയാണ് ഞാൻ ജ്ഞാനം എന്ന് പറയുന്നത് ഇനി ജ്ഞാനത്തെ ഭഗവാൻ വിസ്തരിക്കുന്നുണ്ട് എന്താണ് അറിവ് എന്താണ് ക്ഷേത്രം ഇനി വിസ്തരിക്കാൻ പോവാ ഈ അധ്യായം അതിനെക്കുറിച്ചുള്ളതാണ് നോക്കാം അർജുനന് ഈ ഒരു ഭഗവാന്റെ എന്താ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും കേട്ടപ്പം സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഭഗവാൻ മറുപടി പറയാൻ ഒരു ആമുഖം അർജുനന്റെ മുൻപില് രചിക്കുകയാണ് അവതരിപ്പിക്കുകയാണ് പറയണോ തത് ക്ഷേത്രം യത് ച യഥത് സഹ യത് പ്രഭാവ പ്രഭാവ തത് സമാസേന മേ ശൃണു തത് ക്ഷേത്രം ആ ക്ഷേത്രം യത് ച യാതൊന്ന് എന്താണ് എന്താണ് ആ ക്ഷേത്രം എന്നതും യാദൃക്ച അതെവിടെ നിന്ന് ഉണ്ടായി എങ്ങനെ യാദൃച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയാണ് അത് ഇരിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങളും സ്വരൂപങ്ങളും എന്താണെന്നൊക്കെ ഞാൻ പറയാം പറഞ്ഞു തരാമെന്ന് പറയാം യത് വികാരി അതിനെന്തൊക്കെ വികാരങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ ഈ ശരീരത്തിന്റെ വികാരങ്ങൾ എന്തൊക്കെയാണ് യത് ച യാതൊന്നിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് ഈ വികാരങ്ങളൊക്കെ ഉണ്ടായത് സഹാ ച അവനെയും സഹ എന്ന് പറ ക്ഷേത്രജ്ഞനും യഹ യാതൊരുവനാണ് ആരാണ് ആരാണ് ക്ഷേത്രം എന്താണ് ക്ഷേത്രം ആരാണ് ക്ഷേത്രജ്ഞൻ എന്തൊക്കെ വികാരങ്ങളാണ് അതിനുള്ളത് എത് പ്രഭാവ എന്ത് പ്രഭാവമാണ് ഇതിനുള്ളത് അതുപോലെ അതിനെയൊക്കെ തത്സർവം അതെല്ലാം തന്നെ സമാസേന ഞാൻ ചുരുക്കിയിട്ട് ഭഗവാൻ ഈ ചുരുക്കുക എന്ന് പറയുന്നത് തന്നെ വിസ്തരിച്ചിട്ടാണ് അല്ലേ നമ്മൾ ഗീതയുടെ ഒരു സൗന്ദര്യ വളരെ വിസ്തരിച്ചിട്ടാണ് വിസ്തരിച്ചിട്ടുള്ളത് ഭഗവാൻ നന്നായിട്ട് എന്താ പറയാ എന്നാൽ വിസ്തരിച്ച് ഞാൻ നിനക്ക് പറയപ്പെട്ടു എന്നും പറയും ചുരുക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കും അർജുനെ നോക്കുമ്പം വിസ്തരിക്കും എന്ന് പറയാം അതാണ് പക്ഷെ നമ്മള് നമ്മുടെ ഒരു ധാരണയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അത് സമാസേന മേശൃണു സംഗ്രഹിച്ച് ഞാൻ നിനക്ക് അവതരിപ്പിച്ചു തരാം എന്തൊക്കെയാ അവതരിപ്പിക്കാൻ പോകുന്നത് ക്ഷേത്രം ക്ഷേത്രജ്ഞൻ അറിവ് എന്ത് എവിടെന്നുണ്ടായി അതിന്റെ വികാരം ഇത്യാദി കാര്യങ്ങൾ ഗീതം ഛന്ദോഭർ പൃഥക് ബ്രഹ്മസൂത്രപേർവിനിശ്ചിത ഋഷിഭിർ ബഹുധ ഗീതം ഛന്ദോഭി വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈ ചവ ഹേതുമദ്ഭി വിനിശ്ചിതൈ പറയ ഋഷിഭി ഋഷിഭി എന്ന് പറഞ്ഞാൽ ജ്ഞാനികളാൽ ഋഷികളാൽ ഋഷീശ്വരന്മാരാൽ ബഹുധ ബഹുധ എന്ന് പറഞ്ഞാൽ ബഹവ അനേക പ്രകാരത്തിൽ പല പ്രകാരത്തിൽ വിവിധൈ വിവിധങ്ങളായ ഛന്തോഭി ഛന്ദസ്സുകളാൽ പല മീറ്ററുകളിലും ഛന്ദസ്സുകളാൽ പൃഥക് വെവ്വേറെയായും ഹേതുമദ് ബിഹി യുക് ഹേതുമദ് ബിഹി എന്ന് പറഞ്ഞാൽ യുക്തിയുക്തങ്ങളായി നമ്മൾ പഠിച്ചുവല്ലോ ഒരു ഒരു എന്താ പ്രശ്നത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് എന്ത് വേണം പ്രതിജ്ഞ ഉണ്ടായിരിക്കണം അതിന് ഹേതു വേണം ഉദാഹരണം വേണം നിഗമനം ഇത്യാദി കാര്യങ്ങളിലൂടെ യുക്തിയുക്തമായി അവതരിപ്പിക്കുന്ന എന്താ ഹേതുമദ് ബിഹി ഹേതു അതിന്റെ ഉദാഹരണവും ഒക്കെ വിസ്തരിച്ചുകൊണ്ടുള്ള വിനിശ്ചിതൈഹി വിനിശ്ചിതങ്ങളായ വിനിശ്ചിതം എന്ന് പറഞ്ഞാൽ ഇന്ന വിധം ഇന്ന ആയിട്ടുള്ള മാത്രമല്ല ബ്രഹ്മസൂത്രപതൈഹി ച ബ്രഹ്മസൂത്രപതൈഹി എന്ന് പറയുമ്പം ഇവിടെ വ്യാസഭഗവാൻ തന്റെ ഒരു പ്രോഡക്റ്റിന് ഒരു അഡ്വർടൈസ്മെന്റും കൂടെ നടത്തി എന്ന് പറയാം കൂട്ടത്തിൽ അങ്ങനെയുണ്ടല്ലോ സ്വാമി എട്ടയ്ക്ക് ഒരു പുസ്തകത്തെ കുറിച്ചൊക്കെ പറയുന്നു അതുപോലെ അപ്പൊ നമുക്കിതിനൊക്കെ പ്രമാണമുണ്ട് എന്ന് പറയും എന്താ ബ്രഹ്മസൂത്രം വ്യാസര് രചിച്ചിട്ടുള്ള വ്യാസഭഗവാൻ എന്താണ് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാല് വേദത്തെ രണ്ടാക്കി പകുത്തിട്ടുണ്ട് ആദ്യ ഭാഗത്തെ ജ്ഞാനകാണ്ടം ആ കർമ്മകാണ്ഡമെന്നും രണ്ടാം ഭാഗത്തെ ജ്ഞാനകാണ്ഡമെന്നും വേദത്തിന് നാല് പിരിവുകളുണ്ട് എന്താ മന്ത്രം അഥവാ സംഹിത ആദ്യഭാഗം പിന്നെ ബ്രാഹ്മണം പിന്നെ ആരണ്യകം പിന്നെ ഉപനിഷത്ത് ഇതിൽ മന്ത്രവും സംഹിതയും ഒന്നാണ് അതും ബ്രാഹ്മണവും ചേർത്തതിനെയാണ് കർമ്മകാണ്ഡം എന്ന് പറയാം കർമ്മകാണ്ഡത്തെ ജ വ്യാസ ശിഷ്യരായിട്ടുള്ള ജൈമിനി വ്യാഖ്യാനിക്കുന്നുണ്ട് അതിനെയാണ് ജൈമിനി സൂത്രം എന്ന പേരില് അറിയപ്പെടുന്നുണ്ട് ഇവിടെ വേദത്തിന്റെ രണ്ടാം ഭാഗത്തെ ജ്ഞാനകാണ്ഡത്തെ വ്യാസര് സ്വതന്ത്രമായിട്ട് സൂത്രരൂപത്തിൽ സൂത്രം എന്ന് പറഞ്ഞാൽ ചരട് മഹത്തായ ആശയങ്ങളെ ക്രോഡീകരിച്ച് സംഗ്രഹിച്ച് അവതരിപ്പിക്കുക അത് വ്യാസകൃതമാണ് ബ്രഹ്മസൂത്രം ഉം ഇവിടെ ഭഗവാൻ പറയുന്നു എന്താ ആരാണ് വ്യാസൻ നമ്മൾ കണ്ടു എന്താ വിഭൂതി യോഗത്തിൽ ഞാൻ തന്നെയാണ് വ്യാസൻ എന്ന് പറയാ അപ്പൊ പറയണു ബ്രഹ്മസൂത്ര പതൈഹി ബ്രഹ്മ പ്രതിപാദകങ്ങളായിട്ടുള്ള സൂത്രങ്ങളില് അതിനെക്കുറിച്ച് ഏതത് ഈ ക്ഷേത്രജ്ഞന്റെ സ്വരൂപത്തെക്കുറിച്ച് ഗീതം പറയപ്പെട്ടിട്ടുണ്ട് പറയാ അപ്പൊ ഭഗവാൻ ഒരു കാര്യം അവതരിപ്പിക്കുമ്പം ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അത്യു എത്ര എന്താ പറയുക അത്യു ഉദാത്തമായ ഒരു സവിശേഷമായൊരു ഭാവമാണ് എന്ന് പറയുക എന്താണ് അതായത് താൻ പറയുന്ന കാര്യം പൂർവികന്മാരെ പൂർവികന്മാരുടേതാണ് എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ പറയുന്ന ഇതാ എൻ്റെ പുതിയ ഐഡിയ ആണ് എടുത്തോ പണ്ടുള്ളവരെയൊക്കെ കുറേ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അർജുന ഇതാ കേട്ടോ ഞാൻ ഒരു പുതിയ കാര്യം പറയാൻ പോകുന്നു അങ്ങനെയല്ല അർജുന ഞാനിവിടെ ഒന്നുമല്ല എന്നത് ഭഗവാൻ്റെ പോലും സമീപനം നോക്കും നമ്മുടെയൊക്കെ സമീപനം നമ്മൾ പലതും അങ്ങനെ തന്നെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്തിട്ടേ അതിലെന്തെങ്കിലും തെറ്റുണ്ടേ അതുപോലും അങ്ങനെ ഉണ്ടാവും ഇല്ലേ ആരോ സീരിയൽ കണ്ടിട്ട് ചോദിച്ചു എന്നാ ഈ ടി വി ഇങ്ങനെ കാണുമ്പം ഒരാളിങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക അപ്പം ഇത് മാറ്റുന്ന ആൾ മറ്റേ ആളോട് പറയാം എല്ലാം ഒരു ഒരു ഫോട്ടോ കോപ്പി പോലെയുണ്ട് ഇങ്ങനെ ഈ സീരിയലൊക്കെ ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പൊ അയാള് പറഞ്ഞു എനിക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല ഞാൻ പുറം ലോകാണ് കാണാറ് അപ്പൊ മറ്റവൻ ചോദിക്കാം അത് ഏത് ചാനലാണ് അപ്പം ഞാൻ പറയുന്ന ഈ ആശയങ്ങള് എന്റെ ആശയമല്ല എന്ന് പറയാ മുൻപുള്ളവരും അതുപോലെ ഋഷീ ഋഷീശ്വരന്മാരും ഇന്നത്തെ സ്ഥലങ്ങളിലും ഇന്ന ഇടത്തുമൊക്കെ അവരൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് അവരെ ഗീതം എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അർജുന അതിനെയാണ് ഞാനിതാ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതും കൂടെ പറയുന്നത് നല്ലതാണ് പക്ഷേ നമ്മളങ്ങനെയല്ല പറയുക ഈ ഗീതയിലൊക്കെ എടുത്തു വെച്ച് അടിക്കുമ്പോൾ ഉണ്ടല്ലോ അവരൊറ്റി പക്ഷേ നമ്മൾ ഒരു ഒരാളെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതും ഇതിൽ സ്വീകരിക്കാവുന്ന ഒന്നാണ് എന്തെങ്കിലൊരു കാര്യം നമുക്ക് പറയണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഭഗവത്ഗീത എന്നുള്ളത് ചിലപ്പം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ ഇങ്ങനെ ഞാനൊരു പ്രഭാഷണം കേൾക്കാനിടയായി ടി ഡി ഹാളിൽ അപ്പോൾ അവിടെ വെച്ച് ഈ സ്വാമി ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു ഗീത എന്തോ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ കാര്യം വളരെ എളുപ്പമാണ് ഇങ്ങനെ പറയണോ അതെങ്ങനെ ശരിയാവുമോ അപ്പോൾ അവരെന്താണെന്നറിയാം അത് കേൾക്കാനെങ്കിലും തയ്യാറാവും എന്നിട്ടൊരഭിപ്രായം അവർക്ക് പറയണമെങ്കിൽ അതിനെ സത്യത്തെ നിഷേധിക്കാൻ ആരും ശ്രമിക്കാറില്ലല്ലോ കാരണം ഉള്ളിൽ സത്യം ഉള്ളതുകൊണ്ട് പക്ഷേ നമ്മളങ്ങനെയല്ല നേരിട്ട് തന്നെ ഓരോന്ന് അങ്ങോട്ട് പറയും അതുകൊണ്ട് ഈ ഒരു രീതി ഇത് ഉപനിഷത്തിലെ രീതി തന്നെയാണ് ഉപനിഷത്തിലെ ഗുരുക്കന്മാർ പറയുന്നത് നിങ്ങൾ ചോദിച്ചതിന് എങ്ങനെയാണ് ഞങ്ങൾക്ക് പറയേണ്ടത് എന്നറിയില്ല ഏതായാലും ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള ധീരന്മാരായ ഗുരുക്കന്മാർ ഇത് ശുശ്രുമ ധീരാണാം ഇപ്രകാരം ധീരന്മാരായ ഗുരുക്കന്മാരിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു അവർ പറഞ്ഞതിനെ കാരണം നിന്നെ പോലൊരു മാനസികാവസ്ഥയിൽ ഞാൻ വന്നിരുന്നു അപ്പം എൻ്റെ ഗുരു എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ബോധ്യമായി ഇപ്പം നിന്നെ ഞാൻ അറിയുന്നു നീ എവിടെയാണ് നിൽക്കുന്നത് ഇതൊക്കെ ഇതിലുള്ള സൂചനകളാണ് അപ്പം നമ്മുടെ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടിക്കാലം നമ്മൾ ഓർക്കണം ഗീതയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കാര്യത്തെ എന്തൊക്കെയാണ് ഇതൊക്കെയായിരിക്കട്ടെ പഠിക്കാൻ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇവളുടെ പ്രായത്തിൽ രാവിലെ എഴുന്നേൽക്കാൻ എനിക്കിഷ്ടമായിരുന്നോ ായിരുന്നോ എന്നാലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി പറയും എന്റെയൊക്കെ കാലത്ത് അപ്പൊ നമുക്ക് അപ്പോഴേ അവരെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പൊ പറയാം മോളെ അമ്മയും ഇതുപോലെയായിരുന്നു നീയൊക്കെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടല്ലോ പക്ഷെ അമ്മയ്ക്ക് അതുപോലും പറ്റില്ല ഏഴായാല് തല പൊങ്ങും അപ്പം എന്ത് ചെയ്തു അമ്മ പക്ഷേ അമ്മ ഈ ഒരു കാരണം പഠിക്കാനും ഉണ്ട് കുറെ അപ്പോൾ അമ്മ അങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം അപ്പം അമ്മ ഒരാളെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അമ്മയ്ക്ക് വളരെ ഒരു ഗുണം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ തയ്യാറാവും അല്ലേ നമുക്ക് എന്താണോ പറയാനുള്ളത് അത് നമ്മളങ്ങോട്ട് പറയരുത് വേറൊരാളെ വെച്ചുകൊണ്ട് അങ്ങോട്ട് പറയണം അല്ലെ നമുക്ക് തീരെ പറ്റാത്തത് അതിൻ്റെ ക്രെഡിറ്റ് പോയിപ്പോയില്ലേ റോയൽ പാറ്റൻ്റ് പോയി പോവില്ലേ അതുകൊണ്ട് ഭഗവാന്റെ ഈ ഒരു സമീപനം ഒന്ന് സ്വീകരിച്ചു നോക്കൂ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാ വരുത് നമ്മൾ അങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ട് അതെ എന്നാള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല മഹാഭൂതാരുദ്ധിരവ്യക്തമേവം പഞ്ചേന്ദ്രിയ ഗോചരാഖം ദുഃഖം സംഘാതശ്ചേതാധൃതി ക്ഷേത്രം സമാസേന സവിതം നമ്മളെ കുറിച്ചുള്ള പഠനമാണ് നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കേട്ടാൽ നമുക്ക് എത്ര താല്പര്യമല്ലേ നിങ്ങൾ ഗീത കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട് നിങ്ങളാദ്യം അവരെ ഗീതയ്ക്ക് വിളിക്കാം അവർ പറയുക ഞാനില്ലേ ഗീതയെന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ആ ഒന്നുമില്ല പിന്നെ അല്ല നിങ്ങളെക്കുറിച്ച് ഞാൻ ചിലത് കേട്ടല്ലോ എന്നെക്കുറിച്ചോ എന്ത് അതെ ഞാൻ അവിടെ ടി ഡി എം ഹോളിൽ കേട്ടതാണ് ടി ഡി എം ഹോളിലോ എന്നെക്കുറിച്ചോ അതെ ആര് പറഞ്ഞു എന്തു പറഞ്ഞു പറയുക വ്യാസം പറഞ്ഞു എപ്പോ പറഞ്ഞു പണ്ട് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഇതാ സംഗതി നമ്മളെക്കുറിച്ച് പറയുന്നു ഓരോരുത്തരെ കുറിച്ചും നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അഹങ്കു അവ്യം ഇന്ദ്രി ദ പഞ്ചേന്ദ്രിഗോചരാഖം ദുഃഖം സങ്കാത ചേതനധൃതി എതത് ക്ഷേത്രം സമാസന സവിം ഉദാഹൃതം മഹാഭൂത മഹാഭൂതങ്ങൾ കുട്ടികളെയൊക്കെ ഇപ്പോഴേ പഠിപ്പിച്ചുകൊടുത്തോളൂ ഭൂതം എന്ന് പറഞ്ഞാൽ അഞ്ച് ഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് പഞ്ചമഹാഭൂതങ്ങൾ ഭൂതങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂതങ്ങൾ ഉണ്ട് ഭൂസത്തായാം ഭവിച്ചതെല്ലാം ഭൂതങ്ങൾ അപ്പൊ പഞ്ചമഹാഭൂതങ്ങൾ പിന്നെയോ അഹങ്കാരം അഹം കർത്ത അഹം ഭോക്ത ഇതി അഹങ്കാര ഞാൻ ചെയ്യുന്നവൻ ഞാൻ അനുഭവിക്കുന്നവൻ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അനുഭവിക്കും നാളെയും ഞാൻ ചെയ്യും അങ്ങനെ ഒരു വിദ്വാനുണ്ട് നമ്മുടെ ഉള്ളില് അതിനെയാണ് ഇവിടെ തൽക്കാലം അഹങ്കാരം അഹംബുദ്ധി എന്ന് പിന്നെയോ ബുദ്ധി കാര്യകാരണ വിവേചന ശേഷി ബുദ്ധി പിന്നെയോ അവ്യക്തം ഏവച്ച അവ്യക്തം എന്ന് പറഞ്ഞാല് മൂലപ്രകൃതിയാണ് അവ്യക്തം രഥകൽപ്പനയില് നമ്മൾ കണ്ടതാണ് അല്ലേ ഇന്ദ്രിയേഭ്യ പരമനഹ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പര മഹത പരമവ്യക്തം അവ്യക്താത് പരപുരുഷ പുരുഷാന്ന പരം ഗിഞ്ചിത് സാ കാഷ്ട സാ പരാഗതി രഥകൽപ്പന സമയത്ത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓർമ്മയില്ലെങ്കിലും സ്വാമിക്ക് വിചാരമൊന്നുമില്ല മുന്നോട്ട് പോവാം അവ്യക്തം ആമൂല പ്രകൃതിയായിട്ടുള്ളത് നിർവികാര പ്രകൃതി എന്നും ന വ്യക്തം അവ്യക്തം വ്യക്തമല്ലാത്ത എന്നാൽ അത് വ്യക്തമാണ് ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയാറല്ലേ ദശം ഇന്ദ്രിയാണി പത്ത് ഇന്ദ്രിയങ്ങൾ ഒക്കെ നമ്മുടെ കാര്യമാണ് പറയുന്നത് നമ്മളെ ഫോട്ടോ എടുത്താൽ കിട്ടുന്നതാണ് ഇതൊക്കെ ദശഇന്ദ്രിയണി അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യാനുള്ള അഞ്ച് ഇന്ദ്രിയങ്ങൾ അറിയാലോ വാക് പാണി പാതപായു ഉപസ്ഥം അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള ശബ്ദസ്പർശരസരൂപഗന്ധങ്ങളെ അറിയുന്ന കണ്ണുമൂക്ക് നാക്ക് ത്വക്ക് ചെവി ഇത്യാദികൾ ദശേന്ദ്രിയ ഏകം ച ഒന്നും അതെന്താണ് മനസ്സ് അപ്പൊ ഈ ഒരുവനാണ് ഇവർക്ക് മുഴുവൻ കാര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നവൻ ഏകം ച ആ മനസ്സ് പിന്നെ എന്തൊക്കെയുണ്ട് ഇന്ദ്രിയഗോചര ഇന്ദ്രിയ വിഷയങ്ങൾ ആത്മാനം വൃദിനം വിദ്ധി നോക്കൂ ഇവിടെ വെച്ച് രഥകൽപ്പനയിലേക്കൊക്കെ പോയാൽ രസമാണ് ആത്മാനം വൃദിനം വിദ്ധി ശരീരം രഥമേവ തോ ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ഇന്ദ്രിയ ഹനാഹു വിഷയാോചരാൻ ഇന്ദ്രിയഗോചര ഏതിലാണ് കുതിരകൾ സഞ്ചരിക്കുന്നത് വിഷയങ്ങളിൽ വിഷയങ്ങൾ ഏതൊക്കെയാണ് ശബ്ദസ്പർശരസ രൂപഗന്ധം അപ്പൊ ഇന്ദ്രിയഗോചര ശബ്ദാദി വിഷയങ്ങൾ അങ്ങനെ ശബ്ദം സ്പർശം രസം രൂപ ഇത്യാദി വിഷയങ്ങൾ പഞ്ച അഞ്ച് അതൊക്കെ അഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഇച്ച ആഗ്രഹം ആരാണ് ഈ കുതിരയെ തേരിനെ കൊണ്ടുപോകുന്നത് ഇച്ച ആഗ്രഹം ഗണപതിയുടെ വാഹനം പറഞ്ഞത് ഓർമ്മയുണ്ടാവട്ടെ വാഹനത്തിൻ്റെ മുകളിലാണ് പോകുന്നത് നമ്മളൊക്കെ വാഹനങ്ങളുടെ മുകളിലാണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ വാഹനം എന്താണ് എന്ന് ചോദിച്ചാൽ ആഗ്രഹമാണ് ആഗ്രഹമാകുന്ന വാഹനത്തിൻ്റെ പുറത്താണ് ആഗ്രഹമാകുന്ന ആഗ്രഹമാകുന്ന വാഹനം ആ വാഹനത്തിൽ വീണ്ടും ഒരു വാഹനം വേറൊരു വാഹനമാണ് ആ വാഹനം ഉപയോഗിക്കാൻ തന്നെ കാരണം എന്താണ് ഹനം ആ വാഹനം എന്തായിരുന്നു ആഗ്രഹം ദ്വേഷ വിരോധം ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതാണ് ദ്വേഷ പിന്നെയോ സുഖം ദുഃഖം അനുഭവങ്ങൾ അനുകൂല പ്രതികൂല ഭാവങ്ങൾ നമുക്കുണ്ട് ഈ ലോകത്തോട്ട് സുഖം ദുഃഖം സംഘാതം സംഘാതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ചേർച്ച ഓരോന്ന് ഓരോന്നുമായി ചേരുക ചേരുന്നത് അതില് പല ചേർച്ചയുമുണ്ട് പല വിധത്തിലുള്ള ചേർച്ച കുട്ടികൾ ലോകത്തെ കാണുന്നത് പോലെയല്ല വലിയവർ ലോകത്തെ കാണുക അല്ലേ കുട്ടികളുടെ ഇതിൽ ചിലപ്പം കുട്ടികൾ വളരെ ഭംഗിയായിട്ട് കാണാം നമുക്കോ ചിലപ്പോ തീരെ മനസ്സിലാവില്ല പിക്കാസോന്റെ ചിത്രങ്ങൾ കണ്ടുണ്ടോ നിങ്ങൾ പിക്കാസോ വലിയൊരു ചിത്രകാരനാണ് ആധുനിക ചിത്രകാരൻ അദ്ദേഹത്തിന്റെ ചിത്രം മനസ്സിലാവണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരിക്കലും അദ്ദേഹത്തിന്റെ കാറ് നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം വേറൊരു തലത്തിൽ ജീവിക്കുന്ന ആളല്ലേ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു കാർ എന്റെ നമ്പർ എത്രയാണ് നമ്പർ ഇല്ല ഒരുപാട് കാറുകളുള്ള അല്ലേ നിങ്ങൾക്ക് കാർ അറിയോ എങ്ങനെയുള്ള കാറാന്ന് അപ്പൊ അദ്ദേഹം വരച്ചു നോക്കുമ്പോ അതൊരു വാഷിംഗ് മെഷീൻ പോലെ ഉണ്ട് മോഡേൺ ചിത്രകാരനാണ് അവരാകെ കുഴങ്ങിപ്പോയിന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ട് ഗാലറിയിലേക്ക് കുട്ടികൾ മഴയത്ത് ഓടിക്കയറി ഓടി അതിൻ്റെ ആ ഇങ്ങനെ ഓരത്തിങ്ങനെ നിൽക്കുക വേർ വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചങ്ങനെ നിൽക്കുന്നു പിള്ളേർ അപ്പം നല്ല ചുമരി നല്ലൊരു സ്ഥലമാണ് അപ്പം അതിലാണ് ഇങ്ങനെ പിള്ളേർ കയറി നിൽക്കുന്നത് ആരുമില്ലേ അവിടെ ഇത് കാണാൻ ഒന്നാമത് ആളുകൾ ഒന്നാമത് മഴക്കാലം അപ്പൊ ഒരുത്തം പറഞ്ഞു എടാ ഇത് കാണിച്ചിട്ട് പറഞ്ഞു ഇതേ ഇതൊക്കെ നമ്മൾ കുത്തി വരഞ്ഞാന്ന് പറയും വേം പോവാ ഇവിടുന്ന് ഓടിക്കോ ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് പറയാം അപ്പൊ അവർക്ക് നോക്കിയ സമയത്തൊന്നുമില്ല വെറുതെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ആരൊക്കെ ഇതിനിപ്പൊ നമ്മളെ കുറ്റം പറയും അതുകൊണ്ട് ഓടാന്ന് പറയാം ഇപ്പൊ ഒരു കുട്ടി പിക്കാസോന്റെ ചിത്രം കാണുന്നത് ഒരു പ്രത്യേക ഭാവത്തില്ല അങ്ങനെയുള്ള സുഖ ദ്വേഷ വിരോധം ഇച്ഛ ആഗ്രഹം ഇതിൻ്റെ സംഘാതം ഇന്ദ്രിയാദി വിഷയങ്ങളുടെ ചേർച്ച ഓരോന്നും ഓരോന്നുമായിട്ടുള്ള ചേരൻ എന്നെയോ ചേതന ചൈതന്യം ചേതന എന്ന് പറഞ്ഞാൽ ജീവൻ ചേതന ധൃതി ധൃതി എന്ന് പറഞ്ഞാൽ ഓ സ്വാമി ആ ശാന്തി മന്ത്രം ചൊല്ലുന്നതിന് മുമ്പേ എന്തൊരു ധൃതി ആളുകൾക്ക് ഓ കസാര നീക്ക് സ്വാമി ഞാൻ നമശിവായ പറയുമ്പം എന്തിനാ ആളുകൾ ഇങ്ങനെ ധൃതി കൂട്ടുന്നു അവർക്കൊരു രണ്ട് ഒരു മിനിട്ടും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ എന്താ സ്വാമി ഇവരെന്ത് ഗീതയെ കേൾക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അവർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട് അത് സ്വാമിക്കറിയാം ആവോ സ്വാമി ജാതി സ്വാമി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അതോട് കൂട്ടത്തോടുകൂടി ഇറങ്ങി ഇപ്പോഴേ പോവുക അതെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു നിങ്ങളിവിടെ അഞ്ച് മിനിറ്റ് ഇരുന്നാലും അത് അങ്ങേയറ്റം സ്വാമിയെ സംബന്ധിച്ച് അങ്ങനെ നേരത്തെ പോകുന്നവരോട് അങ്ങനെ യാതൊരു വിരോധവും തോന്നില്ല പക്ഷേ നിങ്ങൾക്കും ഒരാളോടും ഉണ്ടാവരുത് യജ്ഞശാലയിൽ ഒരാൾക്കും ഒരാളോടും ഒരു തരത്തിലുള്ള വിരോധമുണ്ടാവും ബാഗ് മാറ്റിവെച്ചാലും നിങ്ങക്ക് ബാഗ് നഷ്ടപ്പെടാതിരിക്കാം കസേര പോയാലും ഇവിടെ എല്ലാ വിദ്വേഷങ്ങളും ഇവിടെ അസ്തമിക്കണം എന്ന് പറയും ഇതൊക്കെ ഉള്ളതാ കാരണം ഭഗവാൻ തന്നെ ഇതിനെയൊക്കെ എണ്ണി പറഞ്ഞിരിക്കണം പിന്നെ ഇതൊന്നും നിങ്ങൾ പാടില്ല ഗീത കേൾക്കുമ്പോഴേക്കും ഇതൊന്നും ഉണ്ടാവരുത് ഇവരൊക്കെ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അതൊക്കെ അജ്ഞാനത്തിലൃതി അപ്പൊ ധൃതിയാണ് പറയാത്തത് അപ്പൊ ധൃതി എന്ന് പറഞ്ഞാൽ ഈ ഓട്ടാണോ അല്ലേ അപ്പൊ അയ്യോ അങ്ങനെ അങ്ങനെ എഴുതി വെച്ചോ ധൃതി എന്ന് പറഞ്ഞാൽ ഓജസ് അപ്പൊ സ്വാമി ഓജസ് എന്ന് പറഞ്ഞാലോ അതായത് ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഒരുപാട് പണിയൊക്കെ എടുത്ത് തളരുമ്പം നമ്മൾ നിദ്രയിലേക്കോ അല്ലെങ്കിൽ അതിനെ ഒന്ന് അവകാശം കുറച്ച് വിശ്രമിപ്പിക്കുന്ന സമയത്ത് വീണ്ടും ഇന്ദ്രിയങ്ങൾക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു ശേഷിയെയാണ് ഓജസ് എന്ന് പറയാം ഇന്ദ്രിയങ്ങളിൽ തളരാതെ നിലകൊള്ളുന്നത് ഈ ഓജസ്സാണ് ഉറക്കൊഴിഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി പോകുന്നത് ഓജസ് ഓജസ് ആണ് തേജസ് ആവുന്നത് ധൃതി എന്ന് പറഞ്ഞാൽ ഓജസ് ഇത് ഇങ്ങനെ സവികാരം സവികാരം എന്ന് പറഞ്ഞാൽ വികാരങ്ങളോട് കൂടിയിട്ടുള്ള ഏതത് ക്ഷേത്രം ഈ ശരീരം സമാസേന ഉദാഹൃതം ഇതാ ഞാൻ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഭഗവാൻ നമ്മുടെ ശരീരം എന്താണ് എന്ന് ചുരുക്കി ഇങ്ങോട്ട് പറഞ്ഞിരിക്കുക എന്തൊക്കെയാ ശരീരത്തിലുള്ളത് പഞ്ചമഹാഭൂതങ്ങൾ അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പഞ്ചത്വം പ്രാപിച്ചു എന്ന് പറയുക പഞ്ചമഹാഭൂതങ്ങളും അഞ്ചായി തീർന്നു അഞ്ചും നമ്മുടെ ഉള്ളിലുണ്ട് ആകാശമുണ്ട് ആകാശമുള്ളതുകൊണ്ടാണ് ഇനി വയ്യ സ്ഥലമില്ല എന്ന് പറയുന്നത് ഉള്ളിൽ എടാ ഒരു ഇഡലിയും കൂടെ എന്ന് പറയുമ്പോൾ അയ്യോ അമ്മയെ വേണ്ട സ്ഥലമില്ല സ്പേസ് ഇല്ല ആകാശം വായു അറിയാലും ഉണ്ട് എന്നുള്ളത് അതുപോലെ അഗ്നിയുണ്ട് ഭൂമിയുണ്ട് ജലമുണ്ട് ഇതെല്ലാമുണ്ട് നമ്മളെ ഇതാണ് എല്ലാമാണ് ഭഗവാൻ ഒന്നുകൂടെ വിസ്തരിക്കുകയാണ് അതിന് അഹങ്കാരമുണ്ട് ഉണ്ടല്ലോ അതേ ഉള്ളു ബുദ്ധി വിവേചനശേഷി ഇടയ്ക്കെങ്കിലുമൊക്കെ അവ്യക്തം ഇത് ഇതുവരെ പിടികിട്ടിട്ടില്ല എന്ന് പറയും അത് തന്നെ പിടികിട്ടിട്ടില്ല എന്ന് പറയില്ലേ അത് തന്നെ തൽക്കാലം അങ്ങനെ മനസ്സിലായിക്കും അവ്യക്തം പിന്നെയോ ഇന്ദ്രിയാണി അതായത് കാലിലെ ആണി അസുഖ അസുഖം ഉണ്ടല്ലോ അതല്ല ഇന്ദ്രിയാണ് ഇന്ദ്രിയങ്ങൾ ബഹുവചനം ഇന്ദ്രിയണി അതിലേതൊക്കെ പെടും ദശം ഇന്ദ്രിയാണിന്ന കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് പിന്നെ മനസ്സ് ഇന്ദ്രിയഗോചരഹ വിഷയങ്ങൾ വിഷയങ്ങൾ നമ്മളെ തേടി വരുന്നത് തന്നെയാണ് അപ്പൊ ഭഗവാൻ ഇവിടെ വിഷയങ്ങളെയും കൂടെ പറഞ്ഞിട്ടുണ്ടെന്നാ നമ്മുടെ ഇതിൽ അപ്പൊ വളരെ സൂക്ഷ്മമാണിത് പറയല്ലേ ഈ ശരീരശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിന് തൊട്ടുകൊണ്ട് ഒരു വേറൊരു ചൈതന്യ ഒരു ശരീരം കൂടെ ഉണ്ട് എന്നാൽ ഇവർ ഈ ഓറ ഓറ എന്ന് പറയുന്നത് ഈ ഗ്രിയൻ ഫോട്ടോഗ്രാഫി വന്നിട്ട് അതിന് അതിന് കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നും ഒരു പഠനം പറയുന്നത് ഈ ക്രിലിയൻ ഫോട്ടോഗ്രാഫിയെ മെഡിക്കൽ രംഗത്തുള്ള അതിഗായകന്മാർ അതിനെ ഒതുക്കുന്നു എന്നാണ് കാരണം വളരെ നേരത്തെ തന്നെ ഈ രോഗവിവരങ്ങളും രോഗലക്ഷണങ്ങളും ഒക്കെ ഒരുവൻ്റെ അറിയാൻ സാധിക്കും അത്ര ഇതിനാണത്ര അത് ആദ്യം വരുന്നത് അപ്പം അതിനെ ഇല്ലായ്മ ചെയ്യും ഏതായാലും അത്തരത്തിലുള്ള അനുകൂലങ്ങളായിട്ടുള്ള പഠനങ്ങളും പ്രതികൂലങ്ങളായിട്ടുള്ള പഠനങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കോഴിയെ മുഴുവൻ കൊല്ലേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കൊന്ന് ഇത് പനി പിടിച്ച കോഴിയെ ഒരു കാൽപ്പോൾ കഴിച്ചാൽ മതി അത്രയും നമ്മൾ അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട് അതൊക്കെ നടക്കും അങ്ങനെ അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ട് ഇവിടെ ഭഗവാൻ പറയുന്ന ഇന്ദ്രിയ ഗോചരങ്ങൾ വിഷയങ്ങൾ വിഷയങ്ങളെയും കൂടെ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക അതിൻ്റെ ഒരു പാർട്ടാണ് വേറിട്ട് നി വേറിട്ട് നിൽക്കുന്നു നമുക്ക് തോന്നുമായിരിക്കാം പക്ഷെ അത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് വിഷയങ്ങൾ ഇന്ദ്രിയ ഗോചര ശബ്ദാദി വിഷയങ്ങൾ അത് അതുപോലെ ആഗ്രഹം ആഗ്രഹമുണ്ട് ദ്വേഷമുണ്ട് സുഖമുണ്ട് ദുഃഖമുണ്ട് ഇതിന്റെ ചേർച്ച അതുപോലെ ജീവൻ അതുപോലെ ഓജസ് ഇപ്രകാരം വികാരങ്ങളോടുകൂടിയിട്ടുള്ളതാണ് ഈ ശരീരം എന്ന് സംഗ്രഹിച്ച് പറയപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇനി ഭഗവാൻ അടുത്ത എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് എന്താണ് ജ്ഞാനം എന്ന് പറയാൻ പോവാം അപ്പൊ ശരീരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ എന്താണ് ശരീരം ഇനി എന്താണ് ജ്ഞാനം എന്നുള്ളത് പറയും ക്ഷേത്രജ്ഞനെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ജ്ഞേയത്തെക്കുറിച്ചും ഭഗവാൻ പറയുന്നു ഉപനിഷത്ത് ഉപനിഷത്തിൽ എങ്ങനെയാണ് പരമമായ സത്യത്തെ ഋഷി അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു രീതിയെ ഇവിടെ ഭഗവാൻ കൈക്കൊണ്ടു എന്ന് പറയാം ഒരു സ്വാമി ഒരു ഏതോ ഒരു സന്ദർഭത്തിൽ മുണ്ടകോപനിഷത്തിൽ രണ്ട് എന്താ കിളികളുടെ ഉദാഹരണം പറയേണ്ടായി മുണ്ടകോപനിഷത്ത് ആരംഭിക്കുന്നത് അങ്ങനെയാണ് വളരെ മനോഹരമാണ് ആ ഉപനിഷത്തിൽ ദ്വാ സുപർണ സയുജ സകായ രണ്ട് കിളികൾ എങ്ങനെയുള്ള കിളികളാണ് അവർ വലിയ സുഹൃത്തുക്കളാണെന്ന് പറയാം ആ രണ്ട് കിളികൾ സമാനം വൃക്ഷം പരിഷസ്വജാതെ സമാനം ഒരേ വൃക്ഷത്തിൽ അവർ രണ്ടുപേരും വസിക്കുന്നു മനോഹരമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് രണ്ട് കിളികൾ ഒരു വൃക്ഷത്തിൽ വസിക്കുന്നു എന്താ ഒരു കിളി ചെയ്യുന്നത് തയോരന്യ ഹിപ്പലം സ്വാദത്തി അതിലൊന്ന് പഴത്തെ തിന്നുനോക്കുന്നു ഇവിടെ ഭഗവാൻ പറഞ്ഞുവല്ലോ ക്ഷേത്രം ക്ഷ ക്ഷേത്രത്തെ അറിയുന്നവൻ ഇതിൽ രണ്ട് കിളിയിൽ ഒരു കിളി ഇതിനെ അറിയുന്നവൻ നിരീക്ഷകനാണ് ഒരു കിളി ഇതിനെ അനുഭവിക്കുന്നവനാണ് എന്ന് പറയാം അപ്പൊ നമ്മളൊരു വൃക്ഷമാണ് ഈ വൃക്ഷത്തിൽ തന്നെ രണ്ട് കിളികൾ വസിക്കണം വലിയ സുഹൃത്തുക്കളാണ് പക്ഷേ ഈ സുഹൃത് ഭാവമൊക്കെ ഉണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ അറിയാം ഉപനിഷത്ത് അവതരിപ്പിക്കുന്നത് അതിന് വളരെ എന്താ ഒരു സുഹൃത്തായിട്ട് എന്നാ ഒരുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണു ഒരുവൻ കഴിച്ചുകൊണ്ടിരിക്കണു അപ്പൊ ഈ വിഷയങ്ങൾക്ക് പിറകെ പോകുന്ന ഒരാൾ ഇതൊന്നും അനുഭവിക്കാതെ സാക്ഷിയായി വർത്തിക്കുന്ന ഒരുവൻ അവനെ ഭഗവാൻ പറഞ്ഞു എല്ലാവരിലും ഞാനാണത് അവനെന്താണ് സാക്ഷിയാണ് ഉപനിഷത്ത് ഇങ്ങനെ പറഞ്ഞു ഗീതയിൽ ഭഗവാൻ സർവക്ഷേത്രേഷു മാം അഭി ക്ഷേത്രജ്ഞം വിധേ സർവക്ഷേത്രങ്ങളിലും എല്ലാറ്റിലും ഞാനാണ് ക്ഷേത്രജ്ഞൻ എന്ന് നീ അറിയണം എന്ന് പറയാ ക്ഷേത്ര ക്ഷേത്രജ്ഞയോഹോ ജ്ഞാനം എത് തത് ജ്ഞാനം മമ മതം ഇതാണ് ഭഗവാന്റെ മതം ഉം ഇത് ശരിയായിട്ടില്ലെങ്കിലും മതമാവും പറയാ അതുകൊണ്ട് ഈ മതം മാറിയതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയും ചിലർക്ക് മതം മാറിയ പ്രശ്നം തീരും എന്നാണ് അതെ എന്തൊരു അജ്ഞാനാ നോക്കണേ മതം മാറിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എവിടെയാ അവസാനിക്കുന്നത് അപ്പൊ ചിലർ പറഞ്ഞു കൊടുക്കുന്നത് അതാ മതത്തിൽ ഈ മതത്തിൻ്റെ കുറെ അറിവുകളുണ്ടല്ലോ മതം അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധാലുക്കൾ അല്ലെങ്കിൽ സമൂഹത്തിന് ഏറ്റവും ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് മതം അതുകൊണ്ടാണ് അതിനെ ഉപ്പിനോട് വമിച്ചത് അല്ലേ ഉപ്പ് അറിഞ്ഞു കൈകാര്യം ചെയ്താൽ ഒരു കുഴപ്പമില്ല അറിയാതെ കൈകാര്യം ചെയ്താൽ ഒരു വക വായിൽ വയ്ക്കാൻ പറ്റില്ലാന്ന് പറയാം അത് അറിഞ്ഞുകൊണ്ട് കൂടാം അറിയാതെ കൂടാം സ്വാമി പറഞ്ഞിട്ടുണ്ടതല്ലേ ഉപ്പ് മനഃപൂർവ്വം കൂടാം അറിയാതെ കയ്യബദ്ധത്തിലും കൂടാം പക്ഷേ രണ്ട് പ്രകാരത്തിൽ കൂടിയാലും സംഗതി സമൂഹത്തിന് ദോഷം തന്നെയാണ് നല്ല ഒരു പാചകക്കാരനായിരിക്കണം അപ്പം ഈ ആളുകളെ മതം മാറ്റുന്ന സമയത്ത് അവരറിഞ്ഞിരിക്കുന്ന മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറച്ച് പ്രശ്നം വന്നപ്പം കുറേ അവരുടെ പേരൊക്കെ ഉള്ള ഭഗവാനെ അവരെ ഇവരെയൊക്കെ വിളിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടത് ശരിയാണോ എന്നൊന്നും അറിയില്ല എന്ത് തന്നെയായാലും ഈ കുട്ടിക്കാലത്താണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ അടി എന്താ പറയുക എളുപ്പത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്ന് പറയുക ഒരു ബസ് പോകുന്ന സമയത്ത് ബസ് ബ്രേക്ക് ഡൗൺ ആയിരുന്ന ആ സമയത്ത് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്കറിയുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചോളാൻ സാധാരണ കുട്ടികൾ പലരും പലതും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും ബസ് സ്റ്റാർട്ടാവുന്നില്ല പിന്നെ വേറൊരു പ്രത്യേക ദൈവത്തെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു എന്നാൽ അടിച്ചോളാമെന്ന് പറഞ്ഞു എന്നാൽ അപ്പോൾ അടിച്ചു സ്റ്റാർട്ടായി ഇപ്പം മനസ്സിലായില്ല നിങ്ങൾക്ക് ഏതാണ് ദൈവം ശരിയായ ദൈവം കാരണം പിഞ്ചു മനസ്സിൽ എന്തും പറഞ്ഞു കൊടുത്താൽ അത് വിശ്വസിക്കുന്നു പറയും അപ്പോൾ ഇത്തരത്തിൽ മതങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് കരു നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കണം അല്ലെങ്കിലൊക്കെ വഴിതെറ്റിപ്പോകും അപ്പൊ എന്റെ മതം എൻ്റെ അഭിപ്രായം മതം എന്ന് പറഞ്ഞ അഭിപ്രായം ഇതാണ് തുടർന്ന് പറഞ്ഞു ഇതാരുടെയാണ് എൻ്റെത് മാത്രല്ല ഭഗവാൻ ഒരു പെട്ടെന്ന് തന്നെ ഭഗവാൻ ഒരു തിരുത്തൽ ആവശ്യം വന്നു എന്ന് പറയാ എൻ്റെതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിനി തെറ്റിദ്ധരിച്ചാലോ അതുകൊണ്ട് ഋഷിഭിഹി ബഹുതാഗീതം ചന്ദോബിഹി വിവിധൈഹി പ്രതക ബ്രഹ്മസൂത്ര പതൈഹി ചേവ ഹേതുമദ് വിനിശ്ചിതൈഹി ബ്രഹ്മസൂത്ര ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ബ്രഹ്മസൂത്രത്തിലും ഋഷികളാലും മറ്റും ഇതിനെ നന്നായി ഗീതം ചെയ്തിട്ടുണ്ട് അർജുന പൂർവികന്മാരായ തത്വദർശികള് അവര് ഈ ഒരു പാരമ്പര്യത്തെ ഭഗവാൻ ഇവിടെ ആ പാരമ്പര്യത്തെ മാനിക്കുന്നു എന്ന് പറയാം ആ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണിയാണ് ഞാനൊന്ന് പറയാ തുടർന്ന് ഭഗവാൻ പറഞ്ഞു പഞ്ച എന്താ തത്വങ്ങളെ ഭഗവാൻ അവതരിപ്പിച്ചു മഹാഭൂതങ്ങൾ അഹങ്കാരം ബുദ്ധി അവ്യക്തം ദശേന്ദ്രിയങ്ങൾ മനസ്സ് വിഷയങ്ങൾ ഇച്ഛാദ്വേഷം സുഖം ദുഃഖം ഇതിൻ്റെ സംഘാതം ജീവൻ ചേതന ധൃതി ഇത്യാദി സവികാരത്തോടുകൂടിയിട്ടുള്ളതാണ് ഏത് ക്ഷേത്രം എന്ന് സമാസേന ഉദാഹൃതം സംഗ്രഹിച്ച് പറയപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ശരീരം എന്താണ് നമ്മുടെ ശരീരം ശരീരശാസ്ത്രം ഇതൊക്കെ ഒന്ന് പഠിക്കുന്നതും എന്താ പറയുക അപ്പം ഈ ചില മെഡിക്കൽ കമ്പനികളുടെയൊക്കെ പരസ്യമുണ്ട് ചില മരുന്നിൻ്റെയൊക്കെ മരുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ പല ഈ അടുക്കടുക്കായിട്ടുള്ള ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ തൊലി പൊളിച്ച ശരീരത്തെങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം അല്ലേ പിന്നെ വല്ലവരും വല്ല കുട്ടികളൊക്കെ ഈ എന്താ എം ബി ബി എസിന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊരു എത്രയോ വർഷം ഒന്നോ രണ്ടോ വർഷമാകുമ്പോഴേക്കും സ്കൽട്ടൺ മേടിക്കണമല്ലോ അല്ലേ അതേനാണ് ഒരു വീട്ടിൽ നമ്മൾ പോയ സമയത്ത് ഈ സാധനം നമുക്ക് കിടക്കാൻ തന്ന വീട്ടിൽ ഇതുണ്ടായിരുന്നു അപ്പം അവർ സ്വാമി കാണണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു രണ്ട് കുട്ടികൾ അവിടെ ഡോക്ടറാണ് അതവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എപ്പോഴും ആണ് രാത്രി പാനിൻ്റെ കാറ്റ് ഈ സാധനം തുണി താഴെ വീണുന്നേ ഇത് വലിയ രസമാണ് എപ്പോഴോ ഈ നമ്മളിങ്ങനെ സ്ഥലങ്ങൾ മാറി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് എവിടെ ഇല്ലല്ലോ ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ ഒരു അത്ഭുതാണ് എന്തോ അങ്ങനെ നോക്കുന്ന സമയത്ത് കോർണറിൽ ഈ സാധനം ഇങ്ങനെ നല്ല വെളുത്ത കളറിൽ ഇങ്ങനെ ആടുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല എന്താ ഈ പിന്നെ നോക്കി ലൈറ്റ് ഇട്ട സമയത്ത് വളരെ എന്താ പറയാ വലിയ ഉപദ്രവമൊന്നുമില്ലാതെ ഒരു കോർണറിലിരുന്നിട്ട് അങ്ങനെ നോക്കുന്നു പിന്നെ രാവിലെ ആയപ്പോ ചോച്ചവ് പറഞ്ഞാൽ അതിനെ ആർക്കെങ്കിലും കൊടുക്കണം ജൂനിയേഴ്സിന് കൊടുക്കണം എന്ന് കച്ചവടാക്കാൻ വെച്ചതാ ഇവന്റെ ഉപയോഗം കഴിഞ്ഞു എന്ന് പറയാ ഇതൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളാ നല്ല രസമാണ് അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ദശേന്ദ്രിയങ്ങളെയും ഈ സൂക്ഷ്മമായിട്ടുള്ളതാ ഇതെല്ലാം പറഞ്ഞത് ഇനി സ്ഥൂലമായിട്ടുള്ളതോ അതുകൊണ്ടാണ് ഭഗവാൻ ഞാൻ സംഗ്രഹിച്ചു പറയാമെന്ന് പറഞ്ഞത് ത്വക്ക് മാംസം രുതിരം സ്നായു മജ്ജ അസ്ഥി ഇതൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല വിസ്തരിച്ചിട്ടില്ല അതിൽ ഞരമ്പ് കുടല് വൻകൊടല് ചെറുകൊടൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം അപ്പം ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാലോ ഒരു വലിയൊരു ഒരു ലോകമാണ് നമ്മുടെ ഉള്ളിൽ എന്ന് പറയുക ഓരോന്നിൻ്റെയും പ്രവൃത്തി ഇത്യാദികളൊക്കെ പറഞ്ഞു വയ്ക്കുക ാണ് ഇതൊക്കെയാണ് ഞാൻ പക്ഷെ ഇതില് ഇതിൽ നിന്ന് ഭിന്നനായി ഇതുമായി യാതൊരു വിധത്തിലുള്ള സംഘവും ഇല്ലാത്ത ഒരാളും കൂടെ എന്ന് പറയും അതിനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത് തുടർന്ന് ജ്ഞാനത്തെക്കുറിച്ച് അറിവിനെക്കുറിച്ച് പറയാം എന്താണ് ജ്ഞാനം അതില് ആദ്യം തന്നെ പറയുന്നു ആ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങളിലുണ്ട് അതൊരുമിച്ചാണ് ഇതിനെ അന്വയിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഇരുപത് ഗുണങ്ങളെയാണ് ജ്ഞാനലക്ഷണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത് ഗുണങ്ങൾ അതിനെ ഭഗവാൻ നാളേക്ക് വച്ചിരിക്കുക എന്താണ് ജ്ഞാനം അതിൽ ആദ്യം തന്നെ പറയുന്നു ആ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങളിൽ ഇതൊരുമിച്ചാണ് ഇതിനെ അന്വയിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഇരുപത് ഗുണങ്ങളെയാണ് ജ്ഞാന ലക്ഷണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത് ഗുണങ്ങൾ അമാനിത്വമിത്വം അഹിംസാക്ഷോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ എന്തൊക്കെയാണ് ഒന്ന് അമാനിത്വം അമാനിത്വം അമാനിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് മാനി എന്ന ഭാവം ഇല്ലയായിക അമാനിത്വം മാനി എന്ന ഭാവം എന്താണ് ഞാൻ വലിയവനാണ് എന്നൊരു ആ നടപ്പിൽ തന്നെ ഉണ്ടാവും എന്ന് പറയാം ആ കഴുത്തൊക്കെ ഒന്നൊന്നും സാധാരണ പെട്ടില്ലല്ലോ ഒന്ന് ഒന്നും കൂടി അങ്ങോട്ട് പോങ്ങും അപ്പം ചിലപ്പോൾ വല്ല പെടലി ഉളുക്കിയിട്ടൊക്കെ ആയിരിക്കാം മഹാഭാവായിരിക്കും ആളുകൾ പക്ഷെ ചില അങ്ങനെയുള്ളതിനെ കരുതരുത് ചില സമയത്ത് അങ്ങനെ വന്നേക്കാം ഇതല്ലാതെ ഇവിടെ പറയുന്നത് ഉദാഹരണ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വൃക്ഷങ്ങളും മറ്റും ഈ വൃക്ഷങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശങ്കരാചാര്യ സ്വാമികൾ ജീവൻ മുക്താനന്ദ ലഹരിയിൽ പറയുന്നുണ്ട് നമ്രശിരസ്കരായിട്ടുള്ള വൃക്ഷങ്ങൾ ഈ വൃക്ഷങ്ങൾ നമ്രശിരസ്കരാവുന്നത് ഫലഭൂഷിഷ്ടമാ എന്താ ഫലം അതി അങ്ങേയറ്റം അധികമായിട്ടുള്ള സമയത്താണ് ഒരു മാവ് താഴുന്നത് അതിൽ നിറയെ ഫലങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു വാഴ താഴ്ന്നു വരുന്നത് അതിൻ്റെ ഏറ്റവും സമ്പന്നമായ സമയത്താണ് സമ്പന്നതയിലാണ് വിനയം താഴ്ചയുണ്ടാവുന്നതെന്ന് എല്ലാം തന്നെ ഒരു വലിയ ഈ വള്ളി ഇളവൻ മത്തൻ കുമ്പളങ്ങ ഇങ്ങനെയുള്ള പല പല സാധനങ്ങളും ഉണ്ടല്ലോ ഇതൊക്കെ താഴ്ന്ന് താഴ്ന്നു വരും അതൊക്കെ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലം നിറയുള്ള സമയത്താണ് ഫലമൊന്നുമില്ലാത്ത സമയത്തോ അവരൊക്കെ നിവർന്നു നിൽക്കുന്ന പറയുന്നത് നമ്മളൊക്കെയോ ഒന്നും കയ്യിൽ കാശില്ലെങ്കിൽ പിന്നെ ആ വഴുക്കി കാണില്ല കയ്യിലൊരു പത്ത് രൂപ ഉണ്ടെങ്കിൽ അല്ലേ ചിലപ്പോൾ ആ വാഴ വെട്ടിയ മാർക്കറ്റിൽ വിറ്റ കാശുമായിട്ടായിരിക്കും ആൾ പോകുന്നത് അപ്പൊ ഈ ഒരു വിനയാന്വിതമായിട്ടുള്ള അഹങ്കാരമില്ലാത്ത ഈ ഒരു ഭാവം ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നു അമാനിത്വം മാനി എന്ന ഭാവമില്ലായ്മ രണ്ടാമത് പറയുന്നു അദമ്പിത്വം ദമ്പം ദമ്പമില്ലായ്മ ഇതൊക്കെ നമ്മളെയൊക്കെ നമുക്ക് അള നമക്ക് നമ്മളെ നമുക്ക് അളക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ വിദേശത്ത് ജോലി ചെയ്ത് വന്നാൽ മതി ആൾക്ക് ഒന്നും മനസ്സിലാവില്ല നാട്ടിലുള്ള ചിലര് ഒരു ജനിച്ചതേ ഇവിടെ പഠിച്ചതെല്ലാം ഇവിടെ സ്കൂളിലും എല്ലാം എല്ലാ ഊടുവഴികളിലൂടെയും ഓടിയിട്ടുണ്ട് നായ കടിക്കാൻ വന്നിട്ടും അതിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം അറിയാം എന്നാലും ഒരു അഞ്ച് വർഷമോ പത്തു വർഷമോ ഒക്കെ വിദേശത്തൊക്കെ പോയി താമസിച്ച് പിന്നെ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ പറയും എനിക്ക് സിറ്റിയൊന്നും ഇപ്പോൾ ഒരു സിറ്റിന്നല്ല നാട് ഒരു പരിചയവും ഇല്ല കാരണം ഞാൻ മുഴുവൻ അവിടെയായിരുന്നല്ലോ അതുകൊണ്ട് എം ജി റോഡ് എവിടെ വരും എം ജി റോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വരെ പറഞ്ഞു കൊടുക്കേണ്ടി വരും മഹാത്മാഗാന്ധിയോ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അല്ലേ ഞങ്ങളുടെ അവിടെ ഓണം ഏത് മാസമാണ് അമ്മേ ഞങ്ങൾ ഈ അവിടെയായിട്ട് ഈ ഓണ ഓണമൊന്നും ഇല്ലേ ഞങ്ങൾക്ക് അപ്പൊ എല്ലാം മറന്ന ഒരു വെറുതെ ഒരു അഹങ്ക എന്താ പറയുക അജ്ഞാനം അറിവില്ലായ്മ തന്നെയാണ് ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് അതില്ലായിക അദമ്പിത്വം എന്ന് പറയാ ദമ്പം പിന്നെ പറയണോ അഹിംസ ഹിംസിക്കായിക ഹിംസ അഹിംസയാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു സന്ദേശം അഹിംസ ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നുള്ളതിലുപരി നമ്മൾ കണ്ടു ഞാൻ എന്നും എൻ്റേതും ഇതാണ് ഹിംസ ഞാൻ എന്റേത് എന്ന് എണ്ണിയാൽ നാം ഹിംസിക്കാൻ തുടങ്ങി അറിഞ്ഞുവിടുക നമ്മൾ ഇതുവരെ കേട്ട അഹിംസ ഗാന്ധിജിയുമായി ചേർത്ത് വെച്ച അഹിംസയാണ് അത് കൃഷ്ണനുമായിട്ട് നിങ്ങൾ അഹിംസ എന്ന ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനോബുദ്ധിയിൽ തെളിഞ്ഞു വരേണ്ട രൂപം കൃഷ്ണൻ്റേതാണ് അല്ലെങ്കിൽ ഗീതയുടേതാണ് പക്ഷെ നമുക്ക് അങ്ങനെയല്ല വരിക നമുക്ക് അഹിംസ എന്ന് പറയുമ്പോൾ ബുദ്ധൻ വരും പിന്നെ ഗാന്ധിജി വരും അങ്ങനെ ഓരോരുത്തർ വരും അപ്പം എന്താ കുഴപ്പം കാരണം ബുദ്ധമതത്തിൽ ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിൽ നമ്മുടെ തനതായിട്ടുള്ള പലതിനും പല വിധത്തിലുള്ള കോട്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ബുദ്ധൻ ഭഗവാൻ ശ്രീ ബുദ്ധൻ ആരാധ്യനാണ് എന്തുകൊണ്ടും അതിലൊന്നും സംശയം വേണ്ട പക്ഷേ പ്രാണിഹിംസ എന്നത് അദ്ദേഹം അതിനെതിരായിരുന്നു അങ്ങേറ്റം എതിരായിരുന്നു എന്ന് പറയാം കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ മിണ്ടാപ്രാണികളെ ഹോമിച്ചാൽ അല്ലയോ മഹാരാജൻ അങ്ങേക്ക് സ്വർഗപ്രാപ്തി കിട്ടും എങ്കിൽ ഈ പ്രാണിയേക്കാൾ ശ്രേഷ്ഠനാണ് ഞാനെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്നെ ഹോമിക്കാം എന്ന് രാജാവിനോട് ധൈര്യപൂർവം പറഞ്ഞ ആളാണ് വളരെ ക്യേമമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആയുർവേദത്തിൽ നമ്മുടെ ഭാരതത്തിൽ ആയുർവേദത്തിൽ വളരെ മുൻപ് സർജറി ഉണ്ടായിരുന്നു സർജറി ശുശ്രുതന്റെ മറ്റും എന്താ യുദ്ധത്തിൽ ചെവി പോയിട്ടുള്ള കാതുപൂർണ്ണമായിട്ട് അറ്റുപോയിട്ടുള്ള ഭടന്റെ ചെവി തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പലതും ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ള ഉദരത്തിനകത്തൊക്കെ ചെയ്തിട്ടുള്ള ഒരു സമ്പ്രദായം ഒരു സംസ്കാരം പാരമ്പര്യം ഭാരതത്തിൽ ആയുർവേദത്തിനുണ്ടായിരുന്ന ഈ അടുത്ത കാലത്താണ് ആയുർവേദത്തിൽ സർജറി വേണോ എന്നുള്ളതൊക്കെ ഹോമിയോപ്പതി അല്ലോ ആയുർ എന്താ ഈ വരും തമ്മിലുള്ള അടിയൊക്കെ ഈ അടുത്താണല്ലോ അതൊക്കെ ഒന്ന് കെട്ടടങ്ങിയത് പക്ഷെ ഭാരതത്തിൻ്റെ ഈ ആയുർവേദ പാരമ്പര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സർജറിയൊക്കെ ഉണ്ടായിരുന്നു ഈ സർജറി നിരോധിച്ചത് ബുദ്ധൻ്റെ ബുദ്ധമതത്തിൻ്റെ എന്താ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തരത്തിലുള്ള മുറിവേൽപ്പിക്കലും അത് അവരെ സംബന്ധിച്ച് അതൊരു കീറി എന്ന് പറയാം വൈദ്യശാസ്ത്രത്തിൻ്റെ അത് ബുദ്ധനായിരുന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ പിൽക്കാലത്ത് വന്നിട്ടുള്ളവർ ചെയ്തിട്ടുള്ള ചില ചില കാര്യങ്ങളൊക്കെയാണ് അതുപോലെ വിഗ്രഹാരാധന അതിന് പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ടുള്ള പ്രചാരണം ബുദ്ധൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഉണ്ടാതിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു വലിയൊരു കാര്യം പക്ഷേ ഇവർ അദ്ദേഹത്തിൻ്റെ മൗനത്തെ പല പ്രകാരത്തിലും വ്യാഖ്യാനിച്ചു പിന്നീട് വന്നവർ അപ്പം സ്വാമി ബുദ്ധമതത്തിനെതിര് എന്നൊന്നല്ല പറയണ കാര്യം പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ അഹിംസ എന്ന് പറയുന്നത് നമ്മൾ അഹിംസ ഇവർക്കൊക്കെ മുൻപ് ഭഗവാൻ അവതരിപ്പിക്കുന്ന ഒരാശയമാണ് അത് ഭഗവാൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റേതെന്നും അവരെ എൻ്റെ ആളുകളാണ് അതുകൊണ്ട് അവരെ ഞാൻ കൊല്ലുന്നു ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള നിന്റെ ഈ ഇതുണ്ടല്ലോ നിന്റെ ഈ അജ്ഞാനജന്യമായ നിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഇത് തന്നെയാണ് ഹിംസ അല്ലാതെ വേറെ ഒന്നുമല്ല അഹിംസ ഒന്നിനോടും ഒന്നിനെയും ഒരു തരത്തിലും ഉപദ്രവിക്കാതിരിക്കലും ഒപ്പം ഞാനെന്നും എന്റേതെന്നും ഇങ്ങനെ വിഭജിക്കാതിരിക്കലും അഹിംസ ചിലപ്പോ നിങ്ങൾ ഈ ആശയത്തെ ഗീതാ പുസ്തകങ്ങളിൽ കണ്ടില്ല എന്ന് വന്നേക്കാം പക്ഷേ ആലോചിച്ചോളൂ നമ്മളെല്ലാവരും പറയുന്നത് പോലെ പറയണമെന്നൊന്നുമില്ലല്ലോ ആലോചിക്കൂ അഹിംസയുടെ എന്താ ഹിംസയുടെ ആരംഭം എന്റേതെന്ന് എണ്ണുന്നതാണ് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും വിഷമം ഇല്ലാതെ നിങ്ങൾ വ്യാഖ്യാനങ്ങളിൽ നോക്കിയാൽ ചിലപ്പോൾ കാണില്ല അഹിംസ എന്നുള്ളതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് നല്ല പച്ച മലയാളത്തിൽ ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക എന്നത് തന്നെയായിരിക്കും പിന്നെ എന്താ സ്വാമി ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളും കൂടെ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് അഹിംസ എന്ന ശബ്ദം വളരെ കാതലായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നു അഹിംസ എന്നുള്ളത് നടപ്പിലില്ലാത്ത കാര്യമാണ് എന്താണ് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് എന്താണ് കാരണം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഉറുമ്പിനെ ചവിട്ടില്ലേ അടിച്ചു വാരുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ചെരി മരിച്ചുപോവില്ലേ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പണിസ്വാമി എന്തിനെങ്കിലും കണ്ടാൽ ജോലിയെടുത്തൊരട്ടിയട്ടി കഥ കഴിച്ചേക്ക് അല്ലേ ഓം നമശിവായ നമശിവായ പോലും ഉണ്ടാവില്ലേ ചിലപ്പോ ചിലതിന് അപ്പൊ അത് സാധ്യമല്ല അഹിംസ എന്നുള്ളത് സാധ്യമല്ല അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീത വളരെ സ്പഷ്ടമാണ് ആ കാര്യം ജാതസ് ഹി ധ്രുവോ മൃത്യുഹോ ജനിച്ചതിന് മരണം മരിച്ചതിന് ജനനം പിന്നെ ഉള്ളതിന് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മയോ ഉണ്ടാകുന്നില്ല അത് നീ എന്നല്ല ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാലും അത് സാധ്യമല്ല വളരെ ഭംഗിയായി പറഞ്ഞിട്ടാണ് ഭഗവാൻ അഹിംസ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് കാലങ്ങളെക്കൊണ്ട് അതുകൊണ്ട് ഭഗവത്ഗീതയിൽ നിങ്ങൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും ഓർക്കുക പഴയതുമായിട്ട് താതാത്മ്യം പ്രാപിക്കരുത് യജ്ഞം സന്യാസം ത്യാഗം കർമ്മം കർമ്മഫലം എല്ലാറ്റിനും പുതിയ മാനങ്ങളാണ് ഭഗവാൻ നൽകിയിട്ടുള്ളത് എന്ന് പുതിയ മാനങ്ങൾ അതുപോലെ ആത്മ ബ്രഹ്മം ഈശ്വരൻ എല്ലാറ്റും അതുപോലെ അഹിംസ ക്ഷാന്തി ക്ഷാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമ സമാധാനം എങ്ങനെയാണ് ക്ഷമ ഉണ്ടാവുന്നത് ചിത്ത അഗ്രയെ ഏകവസ്തു വിഷയകത്വം ഇതിനാണ് സമാധാനം എപ്പോഴാണ് ഒരുവന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് പല ചിന്തകൾ കയറി വരുമ്പം പലതിലും കയറിയിരിക്കുക നിങ്ങൾ അപ്പൊ ചിത്തത്തിൻ്റെ അഗ്രത്തിൽ ഒരു ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്കിലോ സമാധാനം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ശാന്തി സമാധാനം ആർജവം ആർജവം എന്ന് പറഞ്ഞാൽ വക്രതയില്ലായ്മ സരളത ഇതാണ് ആർജവം ഇതിങ്ങനെ ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടോ നിന്നെ ഞാൻ ശരിയാക്കി തരാം അല്ലേ ആ വന്നോളൂ ഇല്ലേ പിന്നെ ഞാൻ ഏറ്റവും വിട്ടോളൂ ഞാൻ ഏറ്റവും പറയാം അപ്പം തന്നെ നിന ശരിയാക്കി തരാം കുറച്ച് നടത്തി തരാം അല്ലേ എന്നിട്ട് അത് മേടിച്ചു കൊണ്ടുപോവാ ഇത് മേടിച്ചുകൊണ്ടുപോവാ ഒരു ഈ ബാങ്ക് മാനേജർമാരൊക്കെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ലോണിന് വരുന്ന ആദ്യ ദിവസം തന്നെ പറഞ്ഞേക്കുക നടക്കണ്ട കിട്ടില്ല ഈ നൂറ്റമ്പത് നൂറ്റമ്പത് പേപ്പറാണെങ്കിലും വേണ്ടില്ല അല്ലേ ഒരു എഴുന്നൂറ്റി അമ്പത് ഒപ്പ് അയാളെ കൊണ്ടിട്ടിരിക്കും ഒരായിരത്തി അഞ്ഞൂറ് പേപ്പർ മേടിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയും കിട്ടില്ല അതുകൊണ്ട് അയാൾക്ക് ഈ തൂങ്ങി മരിക്കാനോ അതിനോ ചിലരൊക്കെ കണ്ടിട്ടില്ലേ വെറുതെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ജനിപ്പിക്കും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യാം അല്ലെങ്കിൽ എനിക്കത് സാധിക്കും ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അത് പറയാൻ സാധിക്കണമെന്ന് പറയാം അല്ലെങ്കിൽ പറ്റില്ല ബുദ്ധിമുട്ടാണ് തുറന്ന് പറയാൻ പറ്റണം ആരോടും നമുക്കിത് ഇത് ഏറ്റവും നല്ലൊരു സമീപനാണോ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ സ്വാമി അതെങ്ങനെയാ മുഖത്ത് നോക്കി ഇങ്ങനെ പറ്റില്ലാന്ന് പറയുക അത് പറഞ്ഞ രക്ഷയാണ് എന്താ അവർക്ക് വേറെ പ്രതീക്ഷിക്കാലോ വേറെ വഴി നോക്കാലോ ഇത് നമ്മള് വേറൊരു ബാങ്കിലേക്ക് വിടില്ല എന്നിട്ട് നമ്മുടെ അവിടെ ഇങ്ങനെട്ട് ബാങ്കിന്റെ കാര്യം മാത്രല്ല സ്വാമി പറയണത് ഏത് കാര്യത്തിലും ഒരാള് ജോലി അന്വേഷിച്ച് എനിക്കൊരു ജോലി ശരിയാക്കി തരണം എന്ന് പറഞ്ഞാ ശരി ഞാൻ ഏറ്റു നീ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ എല്ലാം മേടിച്ച് ഇവൻ എവിടെയെങ്കിലും ഒക്കെ വെക്കുവോ അത്രയേ എനിക്ക് പറ്റില്ല ഇപ്പൊ ആളുകളുണ്ട് ചില ഗവൺമെന്റിൽ ചില രാഷ്ട്രീയത്തില് അതും ഇതും ചില്ലറ ചില്ലറ പഞ്ചായത്തും അതും ഇതും ഒക്കെ ആയിട്ടുണ്ടാവും ഞാനേറ്റു വാ നമുക്ക് പോവാം തിരുവനന്തപുരത്തേക്ക് പോവാം വണ്ടി വിളിച്ചോ അല്ലേ എന്നിട്ട് ആ പാർല മറ്റേ നിയമസഭയ്ക്ക് ഒരുപാട് വാതിലുകളുണ്ട് ഇതിലേ കയറിയിട്ട് അതിലിതിലൊക്കെ കറങ്ങിയിട്ട് ബാ പോവാം നമുക്ക് പോവാം ഒക്കെ ശരിയായിട്ടുണ്ട് പറഞ്ഞു നമുക്ക് കാര്യങ്ങള് ഭംഗിയായി ആ ഒരു കുടിലതയും ഇല്ലാതെ സത്യസന്ധമായി പറയാനുള്ള ഒരു തൻ്റെയിടം ഒരാർജവത്വം സ്വാമി പറഞ്ഞുവല്ലോ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഇടപാടുണ്ടാകും പറയാം നമുക്ക് തുറന്ന് പറയാൻ പറ്റണം ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെയാണെങ്കിൽ ഒരു പച്ചക്കറി ഇല്ല ദൈവം സഹായിച്ചിട്ട് പാല് പോലുമില്ല അവർ ചായ ഉണ്ടാക്കി തരുന്നതെ പിന്നെ പറ്റും നിങ്ങൾ പോയി മേടിച്ചു കൊണ്ടുവന്നാൽ ഞാനിതൊക്കെ ചെയ്തു തരാം എന്തൊരു ഇതായിരിക്കുന്നറിയോ അവർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകളെ അവരെ അത്ഭുതപ്പെടും വേറൊരുമില്ല എന്ന് വിചാരിക്കും നമ്മുടെ ഒരു ഒന്ന് നോക്കൂ നമ്മൾ നമ്മളെ തുറന്നു വയ്ക്കാൻ പറ്റുമെന്ന് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കും ഭഗവാൻ പറയുന്നത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ആർജവം എന്ന് പറയുക അല്ലാതെ ആർജവം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ ഒരു നല്ല ആർജവം ഉണ്ട് കേട്ടോ ആൾക്ക് നമ്മൾ ഈ ആർജവം എന്നൊക്കെ പറയുന്നത് തന്നെ എങ്ങനെയാണെന്നല്ല നല്ല ആർജവമുണ്ട് ഇതിന് ഈ കൈ ഒന്നും ഇങ്ങനെയാക്കണ്ട ആർജവത്തിന് ആചാര്യോപാസനം ആചാര്യോപാസന എന്ന് പറഞ്ഞാൽ ആചാര്യനെ ആചാര്യനെ സമീപിച്ച് ആചാര്യനിൽ നിന്ന് കേൾക്കുക എന്നത് ആദ്യം മുതൽ പറയാം ഭാരതത്തിൽ ഏതൊരുവൻ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ് ഗുരു എന്ന് പറയുന്നത് ഭാരതത്തിൽ അച്ഛനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനാരാണെന്നറിയില്ല എന്ന് പറഞ്ഞാലും വലിയ വിഷമൊന്നുമില്ല പക്ഷേ ഗുരു ഉണ്ടായിരിക്കണം ഗുരുണ്ടായിരിക്കണം ഗുരു നിർബന്ധമാണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ അവൻ ശിക്ഷപ്പെട്ടിരിക്കണം ഈ അറിവ് അവന് കിട്ടാതിരിക്കരുത് അപ്പൊ അറിഞ്ഞവനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവൻ ഒരു അറിഞ്ഞവനെ സമീപിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ഗുരു അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളത് വിഷയം വേറെ ഒന്ന് തനിക്ക് സമർപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഇടം താൻ കണ്ടെത്തിയിരിക്കണം അത് ഗുരുവാണ് ചിലപ്പോൾ അച്ഛൻ തന്നെയായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം ജ്യേഷ്ഠനായിരിക്കാം അനുജനായിരിക്കാം ചിലപ്പോൾ ചില കുട്ടികൾക്ക് മരി ചില ചിലർക്ക് അവരുടെ മക്കളായിരിക്കും ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകന്റെ മരണമാണ് അദ്ദേഹത്തിന് ഇതിനെ ആഴത്തിൽ ചിന്തിപ്പിച്ചത് വളരെ ആഴത്തിൽ വളരെ അരവിന്ദൻ എന്നാണ് അവൻ്റെ പേര് അപ്പൊ ഈ അരവിന്ദന്റെ മരണം ബാലകൃഷ്ണ സാറിനെ വളരെ ചിന്തിപ്പിച്ചു എന്നാ അങ്ങനെയാണ് അദ്ദേഹം ഇതിൽ അദ്ദേഹം അദ്ദേഹം പറയുന്നത് എൻ്റെ ഗുരുവാണ് അവൻ അവിടെ സമർപ്പിതനായി എന്ന് പറയാം എവിടെയെങ്കിലും ഒന്ന് സമർപ്പിതമാകേണ്ടതുണ്ട് സ്വാമി പറയുന്ന ഗുരു എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എവിടെ നിന്നൊക്കെ മന്ത്രദീക്ഷ മേടിച്ചിട്ടുണ്ട് എന്ന് സ്വാമിക്ക് അറിയില്ല ഈ ദുനിയാവിൽ എത്ര കാവ്യാരുണ്ടോ അവരുടെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടാവും സ്വാമി ഒന്ന് ഉപദേശിച്ചോളൂ ഒന്ന് പറയും എനിക്ക് കിട്ടിയിരുന്നു പിന്നെ അവിടെ നിന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി ഇങ്ങനെ നാട് നീള നടക്കുക സ്വാമി എനിക്ക് ഈ വിഷയത്തിൽ ഒരു എന്താ പറയുക ഇതിൽ എനിക്ക് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഗുരുക്കന്മാരെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന് വിഷമമില്ല എന്ന് പറയാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മതി ധാരാളം ഇനി പറയുന്നത് എല്ലായിടത്തും പോരുതെന്നല്ലേ എല്ലായിടത്തും പോണം നിങ്ങൾക്ക് എത്ര ഗുരുക്കന്മാരെ കാണാൻ പറ്റുമോ അത്രയും ഗുരുക്കന്മാരെ കണ്ടുകൊള്ളൂ പോവുക കാണുക കേൾക്കുക പോരുക നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഇത്രയാണ് ഈ ആശ്രമവും ആ ആശ്രമവും ഇവിടെയും അവിടെയും ചിലര് ഹരിയോം പറഞ്ഞാൽ ചിലർക്ക് ഹരിയോം പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ചിലർ നാശുവായ ഓ ചിലർക്ക് ഓം എന്തെങ്കിലും വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ചിലർ വേറെ എന്തെങ്കിലും അപ്പൊ ഇവർക്ക് ഇത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ട് അത് പറയാൻ ഇവർക്ക് ബുദ്ധിമുട്ട് ഇങ്ങനെ അടി ഈ ഗുരുവശ്ശേരി ആ ഗുരുവാശ്ശേരി ഈ ഗുരുവിനെ ഇത് ശരിയാണോ അത് ശരിയാണോ നമ്മളോട് ചിലർ ചോദിക്കാറുണ്ട് സ്വാമി ഇതിനെക്കുറിച്ച് എന്താ അതിലൊന്നും നമ്മൾ ആരുമല്ല ഒന്നും പറയാം എന്ന നമ്മൾ തൊഴിൽ നമ്മുടെ തൊഴിൽ അതല്ല ഇന്നാളെങ്ങനെ ആ ആളെങ്ങനെ ഇയാളെങ്ങനെ എന്ന് പറയേണ്ട ജോലി നമ്മുടേതല്ലല്ലോ നമ്മുടെ ആരുടെയല്ല അപ്പൊ ഒരാചാര്യൻ നമുക്കുണ്ടായിരിക്കണം ആചാര്യ ആചാര്യോപാസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആചരിച്ചു കാണിക്കുന്നവൻ ആണെ എന്താണ് അവൻ ആചരിക്കുന്നത് ശാസ്ത്രങ്ങളെ ആചരിക്കുന്നു ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞത് അതിനെ ആചരിച്ച് കാണിച്ചിട്ടുള്ള ഒരാളെ നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കുക